റക്കി ബൊമാ എത്തവല്ലതും ഇല്ലാമീ മൊഹരിക്കാത്തില്ല നേരെണ്ണെന്ന് മുനാദറന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ വേറെ എന്താണെന്ന് മുഖാൻ പോകുന്ന അല്ല കളക്കൂട്ടലാണ് എന്തോ ഒരു പേരുണ്ടല്ലോ കൊമ്പ കൂട്ടലാണ് അതിനെ കൊണ്ടെന്താ ഫായിതായിരിക്കാ കിട്ടിയത് ഏഹ് ആ അതിനെ കൊണ്ടെന്തല്ല നമുക്ക് നമുക്ക് ഇപ്പം കിട്ടുന്ന ഫായ്തകൾ എന്തൊക്കെയാന്ന് പറയാ പിന്മുട്ടലാ ഇല്ല തോക്കലും ചോദിക്കലാ പ്രസ്ഥാപിക്കുന്നത് അനേകായിരം ആഭാസങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുണ്ടെന്നാണ് അതുപോലെ മുനാമറയാൽ ഉണ്ടായിത്തീർന്ന് മൊഹലിക്കാത്ത എന്തൊക്കെ ദുസ്സഭാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഏലം വത്തഹക്കക്ക് ഏലം കൊണ്ട് മതിയാക്കിയില്ല വത്തഹക്കളെന്ന് ഉറപ്പിച്ചട വെച്ചാണ് ഒന്നും കൂടെ കൊടുത്തിരുന്നത് അന്നൽ മുന്നിൽ കസ്റ്റിൽ മുഹാ മുമാറാക്കി വസ്തിമാനത്തെ ഇതാണ് അതിന് മൂത്തതാ അന്നിട്ടേ എന്തെല്ലാം എന്ത് എന്തിനു വേണ്ടി വെക്കപ്പെട്ട മുനാറ അട്ടാ വെക്കപ്പെട്ടത് കസ്റ്റിൽ കലമ്പത്തിന്റെ തോക്കലും ജയിക്കലും ഇന്നാണ് ജയിച്ചും ഇന്നാണ് തോച്ചിന്ന് വരുന്നല്ലേ തോച്ചിട്ട് നോക്കുവോ ബെക്ക് പ്രിക്കല എന്തെങ്കിലും പടക്കം മുട്ടിക്കലോ അല്ലെ ഉണ്ടല്ലോ അപ്പൊ കലപത്തി ഭാഗത്താ മറുവശത്തം കണ്ടാൽ ഇബ്രഹാമ മറ്റൊരു കുത്തരം മുട്ടിന്ന് പറയും പലപല ഇഹാറിൽ പതുലി വർഷറഫി ഈ ജയിച്ചാളെ ഭാഗത്തുണ്ടാവും പതുനി ചിറഫെല്ലാം കൂടിയില്ലേ മറ്റേ ജയിച്ചാളായല്ല പിന്നെ വത്തശ്ദൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വാചാലട ഉള്ളതോന്നിട്ട് പറയാൻ കഴിയുന്നതാണ് എന്തെല്ലാത്തിൽ അതേപോലെ കസ്റ്റും മുബാഹാത്ത ഒരിങ്ങനെ വരുമ്പോൾ ഓർക്കൊരു ഒരു മഹിമേലേ ബന്ധനുണ്ടോ ജയിച്ചാള് വരുന്ന മുമാറാത്തും അതന്നെ വസ്തുമാനത്തെ ഉദൂഹിഞ്ഞ ജനങ്ങളെ ശ്രദ്ധയെല്ലാം ഇയാൾക്കുള്ള തിരിക്കാൻ വേണ്ടിട്ടല്ല ലക്ഷ്യം വെച്ചിണ്ടാക്കുന്ന മുനാമരുണ്ടല്ലോ ഇത് ഈ മമ്പർ ജമീൽ ഏ അന്റെ അടുക്കൽ മഹ്മൂമ്മത്തായ എന്തെല്ലാം അഹ്ലാഖുണ്ടോ അതിന്റെ എല്ലാം ഉറവിടം അവിടെ ഉള്ളത് എപ്പോഴുള്ളൂ ഇബ്ലീഷിനെല്ലാം അങ്കലുണ്ട് ഹറ്റത് മുതലത്ത് മുതൽ എന്തൊക്കെയുണ്ട് മുഴുവനും ആ അഹ്ലാക്കാണെങ്കിലോ അൽ മഹ്മൂദത്തി എന്താ അടുവില്ല ഇബ്ലീസിന്റെ അടുത്തും വളരെ സ്വച്ചറമായ സ്ഥാനങ്ങളുമാണ് പിന്നെ ഇതിനുപോ താരതമ്യം ചെയ്യുന്നുരണ്ട നിസുബ എന്തിലേക്ക് ചേർത്തിട്ട് ഇരൽത്തിൽ ബാഫിനായ ഫവാഹിതത്തിലേക്ക് ചേർത്തിട്ട് എന്തല്ലാ വാഹിച്ച ബാസിനായ പ്രവാഹിച്ച് ഒന്ന് കിബറ് രണ്ട് ഋജിബ് മൂന്ന് ഹറ്റത് നാല് മൊനാഫത്ത് ഞാൻ ഞാൻ ഓവർടേക്ക് ചെയ്യണം മറ്റോ നേടി പറയാൻ പറ്റൂല പറഞ്ഞാൽ തന്നെ എങ്ങനെയെങ്കിലും കാലിച്ച് ഓടിക്കളയണം പറഞ്ഞിട്ടില്ലാന്ന് വെക്കണം പിന്നെ കൃത്യസ് ഉന്നതോ ഇവർ വെളിയിള വേണ്ടത് സബ്ബുൽജാ ഇതെല്ലാന്ന് ഇത് ബാസിനായ പ്രവാഹിച്ച് ഇതിലേക്ക് മുനാദറിന്റെ സ്ഥാനം എന്താന്ന് കണ്ണൂടിന്റെ സ്ഥാനം കാശുസിൽ സമിതി തുറുബിൽ സമരം ന്യൂസിൻ എന്തിനേക്ക് ഇരൽ നായതായ ബാഹ്യത്തിലേക്ക് ചേർത്താല് കണ്ണൂടിയിലെ സ്ഥാനം കള്ളങ്ങ് കുടിച്ച് ബുദ്ധിമുട്ടെത്തിയാൽ ഇതെല്ലാം ചെയ്യാല എന്ന് പറഞ്ഞ മാതിരി മുനാമിറങ്ങ് എത്തിക്കഴിഞ്ഞാൽ എല്ലാം വിളിച്ചുകൊണ്ടിരുന്ന ചൂന്നാ പോയി കള്ളോടിയതിന് വരി ബസ്ലിക്കത്തെല്ലാം ബാഹിറായ ബാഹിച്ചട്ടം ഇതിനെ ഇതെല്ലാം ഉണ്ടാക്കാൻ കള്ളുകൂടി എത്രത്തോളം സഹായകമാകുന്നുവോ എന്നതുപോലെയാണ് ബാസിനായ തിമിറി ഉണ്ടാക്കി തീർക്കാൻ എന്ത് പര്യാപ്തമാകുന്ന മുനഅറ പര്യാപ്തമാക്കി തീർക്കുന്നതും അപ്പൊ ഒരുക്കനോട് ചോദിക്കുന്നത് നീ ഒരുത്തിനെ കൊല്ലുന്നോ കള്ളുടിക്കുന്നു ചോദിച്ചോ നെർക്കിട്ട് എടുത്താല് എന്തിനെടുത്ത് ഓട്ടോ കള്ളുകൂടി എടുക്കണം നമുക്ക് കൊലയിലെ പിന്നാലെ വന്നോളൂ അതുകൊണ്ട് എനിക്ക് കിബിർ വേണ മുനാന്നര വേണോ എന്ന് ചോദിച്ചാൽ മുനാന്നര നീങ്ങെടുത്ത് ഹസബ് എല്ലാം ധണ്യലൊക്കെ പിന്നാലെ വന്നോളൂ എന്താ പറയുന്നത് അന്നല്ലതിറ ബൈന ചുറബി വൽപവാഹിച്ച് കള്ളുകൊടിയും പ്രവാഹിച്ചിന്റെയും വസായിരൽ പ്രവാഹിച്ചി മറ്റുള്ള സ്വാഹിച്ചിന്റെ അടിയിൽ ഹിയാതെ കൊടുത്തു നോക്കാം എന്നാൽ ഓരെന്താ തോന്നൽ ഇഷ്ട ചുറവ് ചുറുബ് ചാറിയില്ലാതെ സുറുബല്ലേ അത് അതിൻ്റെ ഒന്നും മറ്റൊന്നും ചെയ്യേണ്ട വിരലോടുകൂടി എന്തായി മാത്രം വന്നല്ലോ അപ്പൊ അങ്ങനെ സുറുബിന്റെ മേലെ മുന്നിട്ടാൽ ഈ സുറുബ് ഇവരെ വിളിക്കുമ്പോഴത്തേക്ക് ഇതിനർത്ഥിക്കാണ് ബഹയ്യത്തിൽ പ്രവാഹിച്ചി ബാക്കിയുള്ള പ്രവാഹിച്ചെല്ലാം പ്രവർത്തിക്കല്ലേ പോലെ മരിച്ചോളൂ എപ്പോ ഈ സത്യരീ ഭക്ഷണം കുടിച്ചാൽ ഇതുപോലെ നടത്തിയിട്ട് ഞാൻ വാല്യപാകണം മറ്റൊന്നാളെ മുത്തുത്തിക്കണം മറ്റൊന്നാളിൽ ഉത്തരം മുട്ടണം എന്നുള്ളതാണ് ഒരാൾ ലക്ഷ്യമെങ്കിൽ അതുണ്ടായാൽ ഇവർ മുതലേ എല്ലാ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാം ആഞ്ചനക്ക് കെട്ടിവയ്ക്കാൻ കഴിയുന്നവർ തലബുൽ അതവനെ വിളിച്ചുകൊള്ളും ഇതാ ഇമമാനും സഭായിപ്പിക്കില്ല എന്തെല്ലാം സഭായിച്ചുണ്ട് അത് മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കുത്തി നടക്കാത്ത രക്ഷിൻ എത്തി എല്ലാം പറയും അതുകൊണ്ടാണ് തൊട്ടക്കല്ലേ അതിന്റെ കള്ളി പോലും പൊഞ്ഞില്ലേ വരുന്നേപ്പിന് വേണ്ടി മഗ്മൂമത്തായ എന്തെല്ലാം മഹലാഖവനുണ്ടോ അത് മുഴുവനും അവരിലേക്ക് ഇടത്തി വരികയും ചെയ്യും വഹാദിഹിൽ അഹലാക്കു ഈ പറയപ്പെട്ട അഖിലാക്കഥ മർമവും എന്തൊക്കെ മുമ്പ് ഈ കഥ അതല്ലേ ഇതിനാഴ്ച പുറത്തേക്ക് ഒരു കിതബ് തന്നെ മൂന്നാം ചിത്രീല് വരാൻ പോകുന്നുണ്ട് അവർ പറയാൻ പോകുന്നു ഇപ്പൊ ഇപ്പൊ പേര് പറയുകയുള്ളൂ അത് ഓരോന്നിന്റെ തസ്തിലൂടെ വൈകിട്ട് പറയാം മൂന്നാം ജീവിതം ഓദ്യിക്ക് കഴിഞ്ഞ് അയാടെ കിട്ടുന്ന വൈകി ചോദിക്കണ്ട എല്ലാ തീരുവിലേക്ക് എനിക്ക് തന്നെ കിട്ടില്ല എന്നോട് ചോദിച്ചാൽ വഹാദിഹിൽ തകൃത്തി അതില്ല മതി അത് മോശമാണ് എന്നുള്ളതിന്റെ തെരീലുകൾ ശേഷം വരും രണ്ട് അഖബാറിനാലും ആയാത്തിനാലും ഈ റുകയിൽ മോഹനിക്കാത്തിൽ വരും അത് ഈ ഇനയ്യെ തന്നെ മൂന്നാം ജ്യതിയിൽ വരൂ എന്നാ പറഞ്ഞു വന്നത് അത് ഓദിക്കഴിഞ്ഞമ്മോ വനാക്കിന്നാ നൊസീറുള്ള ആണ് ഇപ്പം നമ്മൾ വിശാർത്താകില്ല മജാമിനി മാുഹയുൽ മുനാ മൂന്നാമറക്കി കൊണ്ട അഖലാത്തുകൾ എന്തൊക്കെയെന്നുള്ള രണ്ടര മാസം ഉണ്ടെന്നുള്ളൂ അത് ഓരോന്നിനും ചർച്ചയിലും അതിന്റെ ലക്ഷണങ്ങളും പറഞ്ഞാൽ പിന്നെ ഈ കിതാബ് നിൽമുണ്ടാവില്ലല്ലോ ഇവിടെ വിഷയം അറിയില്ലേ മുഴുവൻ തിന്നു എന്നാ പറഞ്ഞത് ഏതുപോലെതൊന്നും നീ വെറത്തുന്നതുപോലെ അതൊന്നലും നന്ദി അപ്പോൾ ഒരൊറ്റ ഒരു ഹനാത്തും ഇവിടിക്ക് ബാക്കി നിൽക്കാൻ കഴിഞ്ഞൂല നന്ദി മുനോദനോട് ഉണ്ടാകും അസതുകൊണ്ടുണ്ടാകുന്നു അതിലേക്ക് മുനോദരൻ എങ്ങനെ ഹക്കതും അതാ എല്ലാ അവസരത്തിൽ ഇവൻ ജയിച്ചോളുന്നുണ്ടോ അങ്ങനെ ആരും നീ തോറ്റ് മറ്റൊന്ന് ജയിച്ചാൽ എന്താ അതിന് ഓരോ പ്രതി കൊടുക്കാം വന്നില്ലേ വലായംസക്കുൽ മുനാമിറു അനിൽ ഹസതി ഈ മുനാമിറ നടത്തുന്ന ചങ്ങയില്ലോ ഒരിക്കൽ ഹസതിന്റെ തൊട്ട് ഇല്ല പ്രശ്നമേ ഇല്ല എന്നാണ് എന്തുകൊണ്ട് താറത്തൻ ഞകതിമോ അതാറത്തൻ ഞുഗലവും ചിലപ്പോൾ അയാൾ ജയിക്കലോട്ട് ചിലപ്പോ തോക്കാറുണ്ട് അപ്പൊ ജയിച്ച കിമിറ് വന്ന് തോച്ച ഹസതും വന്ന് എന്താടൂ വന്നേക്കയിച്ച കിമിറും വന്ന് തോച്ചാ ഹസത് എക്കതും വന്ന് രക്ഷപ്പെടല് പറഞ്ഞു വത്താറത്തെ മുഹമ്മദ് കലാമോ ചിലപ്പോൾ ഓര കലാമോ മഹമൂദായവരുണ്ട് ചേർക്കാൻ അവൻ പറഞ്ഞതാണ് കുറച്ചൊക്കെ മികൾ നിങ്ങളോണ്ട് ഓട്ടയടക്കുന്നുണ്ടെന്ന് അത് തോന്നുന്നു എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്ന് അപ്പം തന്നെ സാമികൾക്ക് മനോരോഗവും വരുന്നുണ്ട് എന്തുണ്ട് അത് സത് പറഞ്ഞു പോയെങ്കിലും നമ്മൾ മൊത്തം താങ്ങിപ്പോയി തോന്നല് അവിടെ ചെല്ലാമോ ഇസ്ലാമികൾ മാത്രേ ഉള്ളൂ ചെയ്ത് എന്തോ പറഞ്ഞാൽ മുറക്കത്തായിപ്പോ ഞങ്ങൾ യാകപ്പാട വാക്കുകൂണവും ഇല്ലാണ്ട് വരുന്നുണ്ട് അയാള് പറഞ്ഞ രവിയിൽ രവിലൊക്കെ ഇല്ലാത്ത രീതിയിൽ എന്തോ വളകോട്ട് കളിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നും അയാൾ സാമാന്യ ബുദ്ധിക്ക് അപ്പോ വലിയ ഹോജാനോട് ഇങ്കാറ് വന്നില്ലേ ഇൻകാറ് വന്നാൽ മുറക്കത്തായിപ്പോന്നു നോക്കുമ്പോൾ ഞങ്ങൾക്ക് തിന്നുന്നില്ല കുളിക്കുന്നില്ല ഇറങ്ങുന്നില്ലാണ്ടല്ലോ പടവറ പറയുന്നു കഷ്ടമല്ലേ എന്ന് അതാളത്തെ യുഹമ്മദ് കലാമുറ മറ്റൊരവസരത്തിനോ യുഹഹദ് കലാമു കഴുകി മറ്റൊരാളെ കലാമിനെ ആയിരിക്കും അവിടെ കാലം വരിക അപ്പൊ ഇയാൾ വച്ചില്ലേ ദുഞ്ഞാതി ഒരാളെങ്കിലും ബാക്കിയുണ്ടാകും അടത്തോളം എങ്ങട്ടാണ് കൂവത്തിൽ വന്നതിരി ഇയാൾക്ക് വലിയ കുവത്തിലുണ്ട് കുവത്തു നിങ്ങളുണ്ടെന്നൊക്കെ ഇയാളെ പോലിച്ച ഒറ്റരാളോ ഞാനോട് നോക്കാം അല്ലേ അപ്പൊ ഇയാളൊരു പക്ഷം തോറ്റ ആളുമായി ഈ തോറ്റാരറിഞ്ഞ് ഇയാളെ മതി പറയാറുള്ള മറ്റാണ് ഇയാളെ മുറിതേക്കുന്ന ആളുണ്ടാവും പക്ഷേ അയാൾ അറിഞ്ഞാൽ അയാളെ സ്ഥാനത്ത് അയാൾ തോറ്റപ്പാ എന്താ ഇപ്പറിയുന്നു അറിയുമ്പോ അയാളിക്കാതെ മാറാനിട വരും അയ്യേത്തിക്കാർ മാറാനിടവന്നവരെ ഒന്ന് മറ്റോ ജയിച്ച് പോയതല്ലേ ഓരോ ഹൃദയ്പോ വേണ്ട ചെയ്യണ്ടേ വേണ്ടുന്നത് ചെയ്യാൻ ഉത്തരാതപ്പെടുത്തി എന്നാണ് മിൻസില് ചെയ്യാൻ ഒന്നിന്റെ തിങ്ങറോ ആ വേണ്ടുന്നതിൽപ്പെട്ടതാണെന്നും തിങ്ങറു തീരുമാനിച്ചൊരു ലോകത്തിൽ ഞാൻ രണ്ടാണ്ടാ പറയുന്നത് ആ യുന്നു അന്ന അങ്ങുന്നു അല്ലഹു ഹസനമെന്നു കലാമൻ മറ്റവനേക്കാള് കലാമിനാൽ അഹസനാണ് എന്ന് ഭാവിച്ച് ഒരാളുടെ വാക്കുവാനെങ്ങളൻ അതുപോലെ നെമുറന്നാൽ വളരെ ശക്തിയുള്ള ആളാണെന്നും അപ്പം ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ പല അബുദ്ധതകും അദ്ദേഹത്തിനോട് അയ്യാതുണ്ടാകും അഹത് വെക്കാൻ കഴിയേയില്ല കുഞ്ഞാ ഒരാളുണ്ട് എങ്ങനത്തെയാണ് കുവത്തുള്ളിൽ ഉണ്ട് കുവത്തുനിന്നവരുണ്ട് അയാൾ നല്ല കലാമാണ് അഖ്വാൻ അവരാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിന് ആരെ ശ്രദ്ധയിൽപ്പെട്ടവ നമ്മളെ ഈ മുനാദരായ ആൾ ശ്രദ്ധയിൽപ്പെട്ടവ എല്ലാ കാലം ഒരാളുണ്ടാകുന്നു യോ അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റുക എന്നാണ് പല അബുദ്ധവും മാത്രമല്ല അൻഭു ആ വ്യക്തിയോട്ടിട്ട് ഞാൻ തല്ല നീങ്ങിപ്പോണം അയാളെ പൊട്ടനായിട്ട് കടക്കണം എന്നാണെന്ന് മനസ്സിൽ നോക്കുന്നു എന്നെ യാത്ര നേട്ടം നീങ്ങുന്നു വൻസുറാൽ അൻു ഇലേഹി മറ്റോരെയും പൊട്ടിട്ട് ആളെ ശ്രദ്ധയിൽ എന്താക്കണം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വേണം എന്നുള്ളത് വക്കാതിരിക്കാൻ നിവർത്തിയില്ല ലോകത്ത് ഇയാളെ ഉണ്ടാകുന്നു എന്ന് അങ്ങനെ വരില്ലല്ല ഇല്ലാതല്ലേ കണക്കുറത്ത് പ്രസംഗത്തിലും ഇതിലൊക്കെ ഒരുക്കി കൈവുള്ളാടാൻ തോന്നിക്കഴിഞ്ഞ പിന്നെ വൽഹസുനാറും മുഹരു കത്തുൻ ഹസതു നിന്നുള്ളത് കത്തിക്കുന്ന തീയാണ് അതുകൊണ്ടാരെങ്കിലും മലയാളാക്കപ്പെട്ടാൽ അത് കുറത്തിൽ അതാബി അതാബി തെന്നിഞ്ഞാണ് ചിന്തുഞ്ഞാ തുന്നാപിലും അതാപിലാണ് മനസ്സിനുള്ളിൽ തീയെന്ന് എന്ത് ഹെച്ചനാത്ത് ഇടുമ്പോഴത്തേക്കും കത്തി വെണ്ണീരായിപ്പോയി പലോകത്തിലേക്ക് വഴി വുമ്പോ പോയി ഇന്നൊന്നും കാണില്ല എല്ലാം പണ്ടേ വെണ്ണീരാനിൽ ഉടമിടാനൊന്നുമില്ല ഹെസനാത്ത് ഒന്നാ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മനസ്സിങ്ങനെ ചെയ്യുന്നുണ്ടോ ിൽറിയുണ്ട് പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണം എവിടെ വെച്ച് കിട്ടുന്നുമോ അവിടെ ഇലിനെ കുറിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ ഇടങ്ങൾ മുജേക്കന്മാർ എന്ന ഒറിജിനൽ പുക്കഹാണ്ടല്ല അത് അസീച്ചോറ് ചിലർ ചിലർക്കെതിരെ പറയുന്നൊന്നും നിങ്ങൾ സ്വീകരിച്ചേക്കല്ലേ അതാ കൗരൽ ബാഗീടെ അല്ല മുലാക്കന്മാർ ചില മുലാക്കന്മാർക്കെതിരെ പറയുന്ന വാക്കുകളുണ്ടല്ലോ ചിലർ ചിലരെ പറയുന്ന അതൊന്നും എടുത്തക്കല്ല ഉറക്കു മറ്റൊരു ഹോന്നിട്ട് അമ്പോ ഇറക്കാൻ സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞു ആ അതൊന്നും സ്വീകരിച്ചല്ല മനസോയില്ല ഇപ്പം വാക്കടിസ്ഥാനത്തിൽ പറയുന്നില്ല അമ്മൂലാർക്ക് അമ്മൂലത്തിമുലർക്കൊന്നും വന്നു ആ വാക്ക് സ്വീകരിക്കാനേക്കില്ല എപ്പം പറഞ്ഞു സ്വന്നഹം കാരണം എത്തകായൊരു ഓന് അവർക്കങ്ങോട്ട് പോകേണ്ടത് പരസ്പരമുള്ള പോരാട്ടാണെന്നുണ്ടാവുന്നു വയർക്ക് ഏതുപോലെ ചമ്മ തെത്തകാല സ്വജൂസത്തിൽ ഗരീപത്തി ഗരീപത്വം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ആട്ടുംകൂട്ടത്തിനൊക്കെ ഗരീപത്വം എന്ന് പറയുന്നു ആട്ടും കൂട്ടത്തിലേക്ക് കുറെ ഉദ്യോഗസ്ഥ നെരികളെ പൊലികളെല്ലാം മുട്ടങ്ങണ്ടാകല് ആട്ടം എനിക്ക് കിട്ടണമെന്നു ഇവർ തമ്മിലെ കുട്ടികൾക്ക് മത്സരം ഉണ്ടാകല് രണ്ട് നെല്ലെങ്ങ് കൊടു ഇവര് കോപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് രണ്ടെങ്കിലും ബോധ്യം ബോധ്യം അവിടെ നിന്ന് ഒക്കെ തലഞ്ഞാ എടുക്കാന്ന് ആരും നെല്ലുകൾ പറയില്ല ആട്ടംകൂട്ടത്തിലേക്കൊട്ട് ആരിക്കും ആദ്യം അടച്ചു കിട്ടി ആ നിജം കൊണ്ടുപോകാന്നല്ലാണ്ട് ഇന്നോ തന്നെ താനോ മാനോ പോരിച്ച് ആരിക്കാന്നോ ജനങ്ങൾ കൊടുക്കുന്ന അടുത്തു കുടിക്കാന്നല്ലാണ്ട് ഇവർ പരസ്പരം ഒത്തുപോകില്ല മതിലാർക്കോ മുതലാൾക്കെതിരെ പറയുന്നൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട തിരിച്ചു ഉറപ്പ് വരുത്തിയിട്ട് ബാണയും കിട്ടുമോ പണ്ട് കിട്ടും പിന്നെ രണ്ടാമത്തത് പറയാ ജനങ്ങളെ മുമ്പിൽ എത്തുമ്പോ ഓറ് പണ്ട് ജയിച്ചാളുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ജയിച്ച കാക്കറ്റ് ബാക്കി ഉണ്ടായിരുന്നല്ല അതെന്താ കൊടുത്ത് വിതരണം ചെയ്യാത്ത ഞാൻ ഇന്ന സ്ഥലത്ത് ജയിച്ച ഒരു കാക്കറ്റ് ഉണ്ടായിരുന്നല്ല അങ്ങനെ ചിലവാക്കിയിട്ടില്ലേ േ പറഞ്ഞുള്ളൂ ആരെങ്കിലും ചബിട് കാട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു താല അവനെ താഴ്ത്തിക്കളിയും ആരെങ്കിലും സവാങ് കാട്ടി അല പൊതിക്കും പറഞ്ഞു എന്ന പറഞ്ഞു അതൊരു മജാദിയായ വാക്കാന്ന് എന്താണ് അല്ലാത്തു നടക്കുന്നത് എല്ലാം കട്ടി ഒരു ഇതാവും ഒരു ഇതാവ് കഴിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് അതിന് അർത്ഥമൊന്നുമില്ല ഒരു മനുഷ്യരിക്ക് സാധാരണ നിർബന്ധമായി ബഡ് തുണി എടുത്ത് ആവേണ്ട ഒന്നല്ലോ ഒന്ന് ഇതാറ് ഞാൻ ഇളമുട്ടുകൊണ്ട് തുണി കൊടുത്തിട്ടുണ്ട് ചിവി അതിന് മേത്തട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എന്റെ വസാത്ത് ഇത് രണ്ടും ചിരിഞ്ഞാൽ പിന്നെ അയാൾ ഒഴിയാനായിട്ടില്ല അവന്റെ മന്റെ മഹിമദേശം പോയില്ലേ അല്ലെ അപ്പോ ഇതിലാരെങ്കിലും കൊണ്ടോ അഞ്ച് കട്ടിങ് കൊണ്ടെങ്കിൽ തുണിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊമ്പുടും ഒരു അച്ഛ കാണത്താലും മുട്ടെടുക്കൂല ബാക്കി ഒരു മണിയും കെടുത്തു തൊട്ടി മണിയും കെടുത്തു എന്ന് പറഞ്ഞു ഇതാറും പിതാറും തൊട്ടാൽ ആരും മുട്ടുകൊടുക്കൂല അങ്ങോട്ട് അതുകൊണ്ട് സമൻ നാഥ അനി ഭീമാന്റെ ഇതാറും ബീരാും ആരെങ്കിലും തൊട്ട് കളിച്ച കസം ഞാനോനാ അനാ കളിയാണ് അവനെ വെറുതെ നോക്കൂല മറ്റോയ്ക്ക് അവര് അപ്പൊ അലമ്മത്തും നീ കയ്യാറാൻ നിക്കണ്ട തീര്യാ കയ്യാറാ നിൽക്കണ്ടർത്ഥം ആ രണ്ട് സംഭാവം എനിക്ക് വിഷമില്ലാന്ന് വനാ ജെമ്പക്കുൽ മുനഅന്നൊരു അലി തകബൂർ തക്കബൂർന്ന് തൊട്ട് ഒരിക്കലും ഒരു വളരെ ചങ്ങി വരില്ല ഇവന്റെ കരിനായ ആളുകൾ ഇവന്റെ മിസിലാകുമ്പോ ഓർക്കൊന്നും ഇല്ലാത്ത ആ മഹിമകൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതല്ലേ കിട്ടിയ എന്നിട്ടോ തറപ്പില്ല ഫോക്ക് കതിരി ഇവനിക്കിപ്പോലുള്ള കതിറിനാക്കാൻ കുറച്ചൊരു ഫോക്കിലേക്ക് ഒരു തറപ്പം ഇല്ലാണ്ടാക്കാനേ ഇല്ല ഇപ്പോഴുള്ള നിലപാട് നമുക്ക് കിട്ടാൻ കഴിഞ്ഞില്ല കുറച്ച് ഒരു മഹിമ കാണിച്ചാണ്ട് حَتَّى إِسْتَرَبْرَ إِنَّهُمْ لَيْتَقَاتَلُونَ عَلَى مَاجِرِثٍ مِّنَ الْمَجَالِثِينَ مجرسة والي فرطة يهدنك الى مجرس الانغوط المباشاً لغرل دباليغانا تقاتلين يندين يتنافسون تيه في الارتفاء والإنخفاض يندين ها بشي يو ارتفاء والإنخفاض انني بشي ان تلاني يورك عرحم آي بويشي قتيل اللہ محطور كورتانو بليني اي بشي تلاني ഞാനിങ്ങനെ വെഞ്ചി മിക്ര ഞാനിന്റെ കൊന്തി ആവല്ലേ എനിക്ക് ബെഞ്ച വിൽക്കിയ എന്താ ഈ പറയുന്നത് അതുപോലെ അയ്യതിനെ കൊതിഫായയിലേക്ക് നോക്കിയിട്ടാണ് കൊൽക്കുർബി മിസാദത്തിന വലിയ സ്ഥാനം സ്റ്റേജിന്റെ ഒന്നാം സ്ഥാനം ഉണ്ടാവുമല്ലോ നെഞ്ഞൂന്നല്ല ആ അതുപോലെ ബൽബ് വ അതിനെ തൊട്ട് അകൽസാതേക്ക് മിസ്സിഫ് അപ്പോർക്ക് സ്റ്റേജ് മുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ടോ മറ്റൊരു ഇവർക്ക് അസന്മേന മിക്കത്താൽ സീറ്റ് കിട്ടിയത് ഈ വിഷയത്തെയാണ് എനിക്കിപ്പോ തർക്കം വത്തക്കബ് മെസ്സി പോലീന്റെ മലായിക്ക് തുറുക്കി അതുപോലെ വഴിയിടുകുന്ന അവസരത്തിൽ ഈ ആളെല്ലാം വൈമാറിക്കോർക്ക് ഇയാൾക്ക് പോകാൻ വെയിൽ കൊടുക്കണം ഇന്നും പറ്റിയില്ല രണ്ടാമത്തെ മൂന്നൊക്കെ പോകാൻ കഴിയാത്ത കുടുങ്ങിയ വൈണ്ടാവുന്ന അവസരത്തിൽ ഇവർ ലൈനിന്റെ വേട്ടിലായി പോയിപ്പോ അന്നേരം എന്താക്കണോ മറ്റുള്ള ആളും ആളിച്ചുറത്തിൽ ഞാൻ അത് കൂട്ടു നിൽക്കണ്ടേ അത് ആ സീറ്റ് വിട്ടാത്തതുകൊണ്ട് ഞാൻ പോച്ചു ഭയങ്കരമായ മതായിട്ട് തുറക്കുന്ന തെളുക്കുകൾ കൊടുക്കുന്ന അവസരം ഓർക്ക് സക്കത്തുമായിട്ട് പോകാൻ പറ്റിട്ടില്ലെങ്കിൽ ആരടിയിൻ ചതുറന്ന് പറഞ്ഞ സ്റ്റേജിന്റെ സ്ഥാനം ആടെ കുച്ചനൊക്കെ ഇട്ടിട്ട് നല്ല പാതയുള്ള സീറ്റല്ലുണ്ട് ഡെൽത്ത് വെക്കുന്നതൊക്കെയൊക്കെ തൊറും ബെഞ്ചും കച്ചേരയുള്ളൂ ഓർക്ക് ചേരുമ തീറ്റിട്ടാണ്ട് ബെഞ്ചും ഇരിഞ്ഞപ്പോ ഓർക്കിങ്ങനെ ഭയങ്കരമായ ഉറക്കം ആ കുച്ഛില്ലാന്ന് ആ ജയിച്ചാളല്ലേ ആ നട്ട് നട്ടിങ്ങനെ കൂടുതലുള്ള നീരുമല്ല ജയിച്ചാളി അപ്പ എല്ലാ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അത് ഇങ്ങനെ കിബറും പടയാലും കാട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇൽമിന്റെ പൗറായി കാണുന്ന എന്റെ അന്റീ തോലും കുട്ടിന്റെ പൗറൊന്നും അല്ല ഇല്ല എന്താ അല്ല ഇൽമാ ഉള്ളത് ഉറുപ്പമായ അല്ലുൾ മറ്റുള്ള ആളാ വാക്കുകൊണ്ട് ചതിക്കാനും ഖത്തറാക്കുന്ന ആളും ബുദ്ധിയില്ലാത്ത ഓരോണ്ടാക്കുന്നറിയോ അതിൽ കാരണം പറയും ഇന്നും ഇൽമിന്റെ ആ പോരിച്ച കാത്തു സൂക്ഷിക്കുന്ന നമ്മൾ ലെസ് ആക്കുന്ന നമ്മക്ക് തീറ്റിട്ടുന്നല്ല നമ്മളെ വഴിമുണ്ട് വന്നൽ മോമിന മൺഹിക്കുന്നതിൽ ഇതിനാല് ഒരു മോമിനായ മനുഷ്യക്ക് നെസ്സിന് ഇതിലാലാക്കാൻ പാടണ്ട അത് വിരോധിക്കപ്പെട്ടതല്ലേ അപ്പം ചേച്ചന്മെ ആ കുച്ഛന്മ ഇരിക്കാണ്ട് ഇതിനാലായിട്ട് അപ്പൊ ഇരിക്കുന്നാണെന്ന് മോമിനികളല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നാണോ പോപ്പിക്കടാ ഇന്ന് മാത്രം മോമിനേനിന്ന് വന്നൽ മൂമിനെ മണ്ഹിയും അല്ലെങ്കിൽ ഇതിനാലിന് അധികം കൂടിയാണല്ലോ അതാ അഹൃമീയൻ അപ്പൊ നോക്കടാ അപ്പോൾ ഇവിടെ തവാദു ആണ് ആ തവാത്തൊട്ട് ഇയാൾ ഇബാറത്ത് എന്താണ് ഇതലാൽ എന്നായിരുന്നു വിരോധിക്കപ്പെട്ട ഇദലാലാണ് തവാദു എന്നാണ് ഇയാളെ അള്ളാഹുസി പറഞ്ഞു ഇബാറത്ത് അതെല്ലാം എങ്ങനെ അറിയിക്കുന്നു അയാൾ എന്നല്ലേ അത് ചേർക്കാം ആ ഏത് അള്ളാഹു താല പുകയത്തി തവാദ് അതുപോലെ വസായിയുടെ അമ്പിയ ഈ മറ്റുള്ള അമ്പിയാക്കളും പുകയത്തിപ്പറഞ്ഞൊരു തവാദ് ഉണ്ട് ആ തവാദുവിനെ ഇയാൾ ഇബ്ബാറത്തിട്ടത് ബിദുല്ലിദുല്ബാറപ്പെട്ടു ഇയാളെ കാട്ടെ തക്കമ്പുറന്ന് ഇബാറപ്പെട്ടു എന്നാണ് വാൻ ഇത്തമ്പുറിൽ മംക്കൂത്തി എന്താ ഹിത്താല الله إن أدك الفتح رحمه تكبرنا تتياه عبارةً داري بعز الدين دين ان بعز لا ابه إذا ارماب الفتو فند ورمت ان بإسلام العددشيك من رسول الله تن يحذفون الكلمة عم مالعهن ورد الله ورد الله فلو رجاء إسلام العددشيكات وارم عين وردك لئي أرتك السيداء اب تحريفا للإسم ويملال للخلق به ورسم برمت شرائع العددشيكات پداتا أرتك ماتيوكا മുമ്പ് എന്തെന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാഭ്യാസവും നർത്തം വെച്ച് ചിക്കുമത് എന്ന് പറഞ്ഞാൽ മറ്റേ മുത്തൂട്ട് കളിക്കാരെ സേവക്കാരെ കളിച്ച് അർത്ഥം വെച്ചി അങ്ങനെ താനിപ്പയില്ലേ തെരക്കത്തെന്ന് പറഞ്ഞാൽ ഇത്തിരി കണ്ടക്കൽ വെച്ചി അപ്പൊ ഇങ്ങനെ അർത്ഥം കൊടുത്തപ്പോ എന്താണ് ഈ വൈകുന്നേരം അലല്ലടപ്പുകളെ വേദപ്പിക്കാനായി ഈ പ്രയോഗം കൊണ്ട് വിപണ തൊട്ട് ഇതിലൊരു മുന്നും തവാലായിരുന്നു തലമുറം പറ്റത്മത്തിലൊക്കെ മുമ്പ് അർക്കും മാറ്റി വെച്ചിട്ടില്ലേ അതേപോലെ അപകടം കഴിഞ്ഞു അറ്റതും വിപറും കഴിഞ്ഞു അല്ലേഹ അതിൽപ്പെട്ടതാണ് അൽ ഹു പ്രതികാര ബുദ്ധി മറ്റൊരാളെന്തെങ്കിലും മുപദ്ധനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നാൽ ഈ ഹസ്ത പോലെ പ്രതികളെ പൂർത്തിയേറ്റി വരുമല്ലാദുൽ മുനാദുർ ഈ മുനാദുറായ മനുഷ്യൻ അതിനെ തൊട്ട് ഒയ്യാൻ സാധ്യതയില്ലെന്ന് വക്കതു കാല സല്ലാഹു അലി വസന്നം അൽ മുഹമ്മിനുള്ള ഐസബി ഹക്കൂദിൻ മോമിനായ മനുഷ്യനെ പകവെക്കുന്നവനാവാൻ തരമില്ല എന്ന് പറഞ്ഞു ഹക്കൂദ് ആവാനേ പറ്റൂല ഒരുപാട് കാര്യങ്ങൾ ആരിക്കും മനസ്സിലാവാത്ത കാര്യമല്ല ഹെക്കഥനെ സംബന്ധിച്ച് വാരുതായിട്ടുണ്ട് മുനാദരായ മനുഷ്യന് ഒന്ന മനസ്സിന്റെ ഒളിപ്പിച്ചു വെക്കാതിരിക്കാൻ സാധ്യമേയല്ല നമ്മൾ രക്ഷപ്പെടൂല ആര് ചെതിരെ ഇവന്റെ എതിർ കച്ചി ഉണ്ടാവും അയാൾ എതിരി എതിര് കച്ചി പറയുമ്പോ ഇവൻ ശ്രദ്ധിച്ചു അറിഞ്ഞുണ്ടാക്കാതെ അപ്പൊ ഓനിങ്ങനാണ് എതിര് വെക്കുന്നത് അപ്പൊ ചങ്ങായിട്ട് ആരോട് വെച്ചായി ഇവരോട് ഓനത്തിനാണ് മറ്റോമി ഇവന്റെ കലാന്ന് തവക്കു വലായു ഹുസിനുള്ള ഹുസിനുള്ളു കൊണ്ടൊന്നുണ്ടാവില്ല ഇവൻ പറഞ്ഞു ചെറുതെ വെക്കുന്നുമില്ല അപ്പൊ അച്ഛങ്ങ അതിനോട് പെർക്കു ബാൽത്തറു മാത്രമല്ല അപ്പൊ അവനോട് നിൽക്കത് വെക്കാതിരിക്കാൻ എങ്ങനെ ചെയ്യൽ തെറുല അപ്പൊ മണി മേച്ചിട്ട് ഇങ്ങോട്ട് നോക്കുന്ന പറയും പറയൂ ഇങ്ങോട്ട് നോക്കി ചാഹരതാലിക്ക ഇതങ്ങാന മയാക്ക് ദൃശ്യമായി കഴിഞ്ഞാൽ അയാൾ മുൻത്തർ ആണ് ഇതാ ഇത്മാരൽ ഹെക്ക് നെക്കുതി മനസ്സിൻ ജാതി വെച്ചലിലേക്ക് മുൻത്തർറാണ് മാത്രമല്ല അവ തറബിയെത്തി എത്തി അവന്റെ നെക്സില എന്താന്നറിയാം അതിങ്ങനെ വളർത്ത് വളർന്ന് വളർന്ന് വരികയും ചെയ്യും ഒരു നിമിഷം കൊണ്ട് പോയിക്കിട്ടോ ഞാൻ സംസാരിക്കണം മറ്റോ പറയുന്ന ലോകേക്കാ നിന്ന് വേറിപ്പന്ന വായിട്ട് തമാശ ഇവനെ പിടിച്ചു നിന്നാ ലാസ് എന്താ കയ്യാ ഇവൻ നെക്ക് തുള്ളിച്ച് ഒറ്റി അമർത്തിയിട്ട് പുറത്തു പോകാനൊന്നും ചെയ്യില്ല എന്ന് മാത്രമേ ഇതന്നെ നിസാക്ക കഠിനമായ ബെറുപ്പ് മനസ്സിലുണ്ടാകും പുറത്തൊന്നും കാണിക്കുന്നില്ല എന്നില്ല അതന്നെ ബെൽ നിസാക്ക എന്നിട്ട് ഒവയത്രം എന്നാഹിരി ചിലപ്പോൾ ലാഹിരിലേക്ക് തുടുമ്പു ഏതെങ്കിലും അവസരം കിട്ടിക്കും മഹാലത്ത സംശയിക്കേണ്ട തീവാര് ബെല്ലമറിഞ്ഞ അത് പുറത്തേക്ക് തുടുമ്പു എന്നൊപ്പം ഇതിനെ തൊട്ട് ഇയാൾക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന വിചാരിക്കുന്നു എത്തരത്തിൽ ഈ ജനങ്ങളെ പറയുന്നല്ലേ ചമദിക്കുന്ന ജനങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു കൂട്ടത്തിൽ വന്ന് നീ പറയുന്നതിനെ കേട്ടോടോ മറ്റോടും വെക്കുമ്പോൾ തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞ് നടക്കുവോ ജനങ്ങളെ മനസ്സുണ്ടാക്കും ചില വാചകത്തിലാളിലോ അതിലേക്ക് ചാഞ്ഞു അതാ പറയുന്നത് വലായ ത്രി ഇത്തി ജമീൻ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇത്തിഫാക്കാകണം എന്നത് എന്ത്രിച്ചിപ്പോ കാണും അല തർജി കലാമി ഇയാളെ കലാമിനെ മുൻതൂക്കം എല്ലാവരും ഓർത്തമാണോ ബോട്ട് കൊടുത്തിട്ട് എല്ലാവരും പോണം എന്ന് വെച്ചാൽ എന്താണ് ലോകത്ത് എല്ലാവരും അല്ല കലാമിനെ മാത്രം മറ്റുള്ള ആളെ ഒന്നിനും പിരിച്ചു നോക്കാൻ പാടില്ല ഒന്നും അല്ല എന്ന് പറയാൻ പാടില്ല അപ്പം അല്ല പണി എന്താണെങ്കിൽ അതിൽ തന്നെ വയ്ക്കൊന്നുമില്ല അഹ് വൈസ്താദിഹി ഓരോ വെച്ച് പറമ്പുന്ന വിഷയത്തിലും ഇയാളെ അഹബാല ഏറ്റവും മെച്ചപ്പെട്ടത് എല്ലാവർക്കും ഇപ്പൊ കാണുമെന്ന് പറയാം അത് അല്ലല്ലോ മനസ്സിലുണ്ടല്ലോ ഹസുമിഹി ഇവന്റെ ഹസുമാകുന്ന മറ്റേ കക്ഷിയില്ലേ അദ്ദേഹത്തിന്റെ വക്കൽ നിന്നുണ്ടായി അതിനാബിൻ ഇവന്റെ കലാമുകൊണ്ട് ഒരു പരി പരിഗണിന്റെ എടുത്തിട്ടില്ല എന്നല്ല കില്ലക്ക് അതിന്റെ ചെറിയൊരു സ്വബ് ആരെ പൊക്കന്നുണ്ടായി ഹസ്മിന്റെ പൊക്കായാലേ സദർഹി ഹിസ്വദും ഇവന്റെ മനസ്സിലും മറ്റവനോട് മകന്റെ വിത്താട വരുത്തു അതാണ് മകതും ഹസ്മ ഇവന്റെ ഭാഗത്ത് കത്തിച്ചില്ല ലായോ അത് മനസ്സിന്റെ ഒരിക്കലും പറിച്ചു കളയാൻ കഴിയൂല മതന്ത ജീവിതത്തിന്റെ അവസാനം വരെ അത് മനസ്സിന് പറച്ചു കാണാനേ സാധ്യാവൂലെന്ന് ൂണ് മൂന്ന് നാലാമത്തെ അതിൽപ്പെട്ടതാണ് റീബത്ത് പിന്നെ മച്ചയിലെല്ലാം കൂടെ ഉണ്ടായ പിന്നെ റീബത്തിൽ നെയ്യോത്തിനു അക്കിരിൽ മൈസത്തി ശബന്ധോടല്ലേ വലായതാലും മുനാമിറു ഈ മുനാമിറ നടത്തുന്ന ചങ്ങായി ആയിക്കൊണ്ടിരിക്കും മുസാബിറനെ അക്കിരിൽ മൈത്തത്തി എപ്പോഴും ശവന്ത് നിന്നാളായിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ട് ഇവന്റെ ഹസ്മിന്റെ കലാമ ഹിക്കായാലും അവനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന തോൽക്ക് എപ്പം കഴിഞ്ഞു പറഞ്ഞില്ലോ എപ്പം നോക്കിയാലോ അവന്റെ വിമർശനം പറയാനേലും ഉണ്ടാവുള്ളൂ വെറുതെ തുടങ്ങിട്ടുണ്ടാവോ എത്തി ചെയ്ത് അർത്ഥം അപ്പൊ ഹസ്മിന്റെ പുത്രവും കുറവും അവന്റെ കലാമും ഹിക്കായത്തിനത്തോ ഒരിക്കലും ഒഴിഞ്ഞില്ല ഇനി ഇവ കാത്തു സൂക്ഷിക്കാന്ന് വെച്ച ആയത്ത് എന്നാ ബോറത്തിന് ഇക്കായ്മ ഇങ്ങനെ ക്ഷമയോടെ കേട്ടിരിക്കും പറയാണ്ട് ഏ അപ്പം അതാ പറയുന്നു കാത്തു സൂക്ഷിച്ച പരമാവധി ജയിലത്തെന്നറിയോ അഞ്ച് അതാ മറ്റൊരു വിഷയത്തിൽ ഇക്കാത്തെയ്യപ്പെടുന്നതിനെ തസ്തിക്ക വരാൻ ഇക്കായത്തി അഞ്ഞൂർ ഒന്ന് തളവുന്നു ആക്കുവാണ്ട് ഇങ്ങനെ ക്ഷമയോടെ കേട്ട് പക്ഷെ മൂപ്പർക്കും അപ്പൊ മറ്റു വൻ്റെ കലാമിന്റെ പോരായ്മ വൻ്റെ ഓൻറെ ഒക്കെ മുതലായവ ഹിച്ചാൽ വേറൊരു രാജീവൻ അങ്ങോട്ട് അവതരിപ്പിച്ചു അപ്പറിഞ്ഞൊന്നു അംഗീകരിച്ചു പോന്നെ എന്നാലും ബഹുലക്കെ ഇരുപത്തൊന്നില്ല ഇരുപത്തായിരുന്നില്ല ഒന്നിച്ച് അത് പറയാനായിട്ട് ചോദിച്ചല്ല വേറൊരാളെ പതില് പറയുമ്പോ ചേർത്ത് ശേഷം വേറെ അങ്ങോട്ട് പറയാം ഇതെല്ലാം പറഞ്ഞു ശരി എന്നെ ചാട് പോക്കാം അപ്പൊ അമ്മൾക്കതിവൻ ഇല്ലാത്ത പറഞ്ഞാൽ അപ്പൊ ബഹുഹുത്താനുവാൻ അവതും കളവിന്റെ അണ്ടും കൂടെ മിച്ചു കൂടിയല്ലോ അവൻ ലിസാനിനെ സൂക്ഷിക്കാനവന് സാധ്യമല്ല ഇവം പറയുന്ന കലാമിനെ എന്താക്കി ഒരാൾ അവഗണിച്ചു അത് ശരി എന്നാൽ ഓനെന്താക്കും ഇവൻ കുറ്റം പറഞ്ഞു കൊടുക്കൂ ആണ് ഇയാൾ കാര്യമായി ആളാമല്ലോ കാര്യമായി ആളാമെന്നെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കേക്കണ്ടേ അതുപോലെ ഹത്തിന്റെ രേറ്റ് ശർദ പതിപ്പിക്കുകയും ചെയ്ത പിന്നെ പറയാനുണ്ടാടി അപ്പോൾ അപ്പോൾ ഈ കേട്ട മനുഷ്യനെന്താക്കുന്ന ഗഹുരിലേക്കും ഹമാക്കത്തിലേക്കും പഹമില്ലായ്മ ഓനിക്ക് ബാലാതത്താണ് ഇന്നലെ കാര്യങ്ങളിലേക്ക് ചേർത്ത് ജയിച്ചു അത് പറയാം അപ്പൊ ഏതെങ്കിലും ഒരു അച്ഛനയാൾക്ക് പറയാനുണ്ടാവില്ല ഒന്നി ഹസുമിന ഹസമിലേക്ക് ശ്രദ്ധ വെക്കുന്ന ആളാ അഞ്ചി വമ്മിന്ന തത്യത്തും ഇവന്റെ നസ് വലിയ ആളായി കാണൽ അവിടെ തത്യത്ത് മറ്റോ ജയിച്ചാളും തന്നെ ും നിങ്ങളെത്തിനെ നിങ്ങൾ സത്യത്താക്കണ്ട ഹിമനി തക്കുവാട്ട് ആരാ നന്നാക്കറീൽ വക്കീലി ഹക്കീമിൻ ഒരു ഹക്കീമിനോട് ചോദിച്ചു മസ്ഹായ സിതുക്കേതാന്ന് ചോദിച്ചുണ്ടായിരുന്നില്ല സകാര അബമ റസനാഉൽ മർഇ അലാ നഫ്സിഹി ഫകൈഫ അൽളദായിക്കും പക്ഷെ ആ തനായന്റെ ഭാഗത്തു കൂടി നോക്കും അത് കബീഹൈ ഉള്ളതാന്നല്ല അലക്ക് നോക്കിയേക്കാ അതിടുക്ക് വല്ല നായ ഖുയഖുൽ മുനാദിറു മിന തനായി അലാ നഫ്സിഹി ഒരു മുനാദി അവന നഫ്സിനെ മിന തനായത തയൂല ബിൽ ഖുവത്തി വൽ ഗലബത്തി വതകതുമി അൽലഖറ ഇദ കൈ അതിറ്റിട്ടുണ്ട് എന്ന് ഹം ന്റെ വേളയിൽ തന്നെ അയാൾ പറഞ്ഞു കൊടുക്കാൻ കോന്നിമ്മിസോ ഇത്തരം കാര്യങ്ങളും തിരിയാത്താളുന്നല്ലാടോ ഞാനും എല്ലാം തിരിഞ്ഞ ആളുകൾ നഷ്ടം ഞാനാരാ വാനൽ മുതഫന്നിനു ഫലയിൽമിനും തഫന്നുന എന്നാളാം ും കൊണ്ടെല്ലാം എന്താക്കും എനിക്ക് സ്വന്തങ്ങൾ ഇങ്ങനെ പലതും ആ തമത്തിന് ചിലപ്പോ എന്താ പറയുക സ്ഥലപ്പ് എന്ന് പറഞ്ഞ ബഹുൻ അടിച്ചുവിടലി കൊള്ളയായിട്ട് അടിച്ചുവിടലല്ല ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിലോ ഇവന്റെ കലാമ് പ്രചരിക്കണമെങ്കിൽ ഇത് അവര് ഹാജത്തായിട്ട് വരിക ഇവന്റെ കലാവിന് മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും അടിച്ചിന്റെ വെച്ച് കൊടുക്കണ്ടേ അങ്ങനെയാവാം സ്ഥലത്തിന്റെ മേനോ മുമ്പ് ഉണ്ടല്ലോ മഴ പെയ്യാത്ത എടീന്ന് പറയില്ലേ പഠിച്ചേ എന്താ കുറുപ്പ് തലത്തിന്റെ അല്ലെങ്കിലോ ഇവന്റെ കലാമിനെ ജനങ്ങളിലേക്ക് ചെലവാക്കാൻ വേണ്ട ആവശ്യത്തിനും വരാം ഏതെങ്കിലും കൊല്ലത്തിന് വമഹലൂമൻ അന്ന സ്ഥലഫ വത്തം മധുഹ മതുമോമാല് ചെറഹം വാക്കലൻ ഇത് രണ്ടുമെന്താണ് ചെറിലും ആക്കിലൻ മതുമോമാണെന്ന് ആഴ്ച അറിയാത്തത് ആറ് ഇനി വരാൻ പോകുന്നു എന്തെന്ന് ഹാസമ്മ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയിലാണെങ്കിലും വൈരുദ്ധ്യുണ്ടാ അമ്പുക്കുംബുക്കും വാങ്ങി അതും മാങ്ങിയിട്ടും വാങ്ങിയിട്ട് ഇങ്ങനെ രാവും പകരിക്കണ ഇങ്ങനെ ഈ മക്കളും കൊണ്ടുപോക്കും പരിശോധിക്കണ ഇങ്ങനെനിക്ക് ഓനാൻ നേരില്ല കല്ല്യാണം നേരില്ല ഒന്നിനും നേരില്ല ഓനവരെ നേട്ടും മാറ്റവർ പറയുന്നവരെ ഇളക്കി വിടാൻ പണിയപ്പോഴത്തെ ഉണ്ടാക്കുന്ന ഏവി നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല കളകട്ട് ഓരോക്കുന്നു ഇളക്കി വിടാൻ റോറിലെത്തിക്കാം എല്ലാ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ അതിങ്ങനെ കുറച്ച് ഇളക്കി വിടാൻ പറ്റി ചെന്നാ കളക്കത്തിൽ വമ്മിൽ പെട്ടതാണ് താസൂസിന്റെ പടിയില്ലേ ആ തത്തം ഔറാത്തിൻ്റെ ജനങ്ങളുടെ ഔറാത്തിനെ ചുറ്റി കുത്തി പരിശോധിക്കണി ഒക്കെ നിൽക്കാനൊന്നും ആഹുത്താന വലാ തസു നന്നാവോധിച്ചതാം വൽമുനാറോ ലായം അസറാത്തി അസുറാണി ഇവൻ അസുറാനിങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ തേടി പിടിക്കണ്ട തൊട്ടൊരിക്കലൊഴിഞ്ഞൂല എന്ത് പറഞ്ഞാൽ അങ്ങനെന്തെങ്കിലും പോഴയും വേണ്ട പോഴയും വേണ്ട മായും ആഴെങ്ങനെ ജവർ ഉറപ്പാക്കി ചേട്ടൻ വായിച്ചു പോയിട്ടുണ്ടെന്നല്ലേ ഇങ്ങനെ നോക്കി തേക്ക് തേടിപ്പിടിക്കലി ഹുസോമിഹി ഹസുമുകളുടെ ഔറാസുകളെ പരിശോധിക്കലി ഹാറ്റ്റവേ ഇന്നഹൂലി മുനാദരി ഒരു മുനാമരായ ആൾ ഇന്നാട്ടി വന്നിട്ടുണ്ട് ഇയാൾക്ക് വിവരം കിട്ടാനാളുണ്ടാവും അപ്പൊ അയാളൊക്കെ ഉള്ള ആളെ ചെറുത് ഇഞ്ചോന്ന് കാണുമ്പോൾ എന്താ അയാൾക്കെന്തോ കുറവുണ്ട് അയാള് ഹൃദയക്കാരനെന്ന് മറ്റാന്ന് കൊടുക്കുന്ന പ്രതിരോട് അറ്റ തുടങ്ങാനും കൊടുക്കും ഇയാൾക്ക് വിവരം കെട്ടി ബി വ്രോതി മുനാവിരൻ ഒരു മുനാദന നടത്തുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ട് അതിലേക്ക് ഇല്ലാതെ ആട്ടിലേക്ക് അപ്പൊ എത്ര അപ്പം അപ്പം എന്താക്കുന്നറിയോ ഒരാളെ തെടിപ്പിടിക്കണം അയാൾക്ക് എന്തെങ്കിലും കുറ്റോ കുറവുണ്ടോ എന്ന് എന്ന് പരിശോധിക്കണോ അയാളെ നീ നോക്കിയിട്ട് വന്നാക്കേ നോക്കിയിട്ട് വന്നിട്ട് അയാളും നഗരി വീട്ടിൽ നട്ടി അയാളെല്ലാം വന്നിട്ട് ഇവിടെ പറഞ്ഞു അയാളും വിളിച്ചു എനിക്ക് ഇന്ന് ഇന്ന് ഇന്ന് കുറവുണ്ട് ആരംഗീകരിച്ചൊക്കെ എല്ലാം ആരെ പറക്കുന്നതിന് ഉടനെ ചകങ്ങ് പിന്നെ സ്ഥാനം സ്ഥലത്തും പോയത് എല്ലാം പോയത്തുന്ന പോ അപ്പൊ ഇയാള് തേടുന്നുണ്ട് മൈസം ബവാത്തിന് അഹബാലി ആ അയാളുടെ ബാസിന്യായ അഹവാലല്ലെ പരിശോധിക്കേണ്ട ആളെ വിളിച്ചു വയസ്സു ചോദിച്ചറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു എല്ലാം കൊണ്ടൊരു മകാഅവും അദ്ദേഹത്തിന് എന്തെല്ലാം പോരായ്മ അത് തേച്ച അതെന്തിനാണ് ദക്ഷി ഇയാളെ മനസ്സിന് അതൊരു ഫയലാജിലട കുതിച്ചു ഇതിന് മറ്റോ അടക്കാനുള്ള വേദി വന്ന് ഇതെല്ലാം തുടർത്തുണ്ടാക്കും വന്നാൽ ഇന്ന് അളന്നു ചപ്പൻ എല്ലാവരും അടച്ചിട്ടുണ്ട് കപ്പറായി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിന്മാരെ ഉണ്ടാവുള്ളൂ ഇയാൾ മാത്രം ചെറുപ്പത്തിൽ തന്നെ വേർക്ക് അയാൾക്ക് മണയിൽ ഓടിക്കാം ആളോടിക്കാം പലയൊന്നും നോക്കാം ചിലക്കൊന്നും ഉണ്ടാവില്ല അതിന് വെച്ചിട്ട് ഇപ്പൊ മതത്തിൽ ആ ചുൻ ഒരാവശ്യം വരച്ച് അയാളം നടക്കാറുണ്ട് അയാവശ്യത്തിലേക്ക് എല്ലാം ഇട കുത്തിച്ച് നിജിയാക്കി അവിടെ വെക്കുക അന്നേരം അന്നെല്ലാം കട്ടാക്കി കൊണ്ടാന്നിട്ട് ചേർന്ന് വെച്ചിട്ട് തരത്തിലും അത് എത്ര മുഖം തുടങ്ങും അയാൾ കുഞ്ഞായ കാലത്ത് എന്താ തട്ടുവന്ന മൂട്ടായിരക്കണക്ക് ഒരാളെ വിരിച്ചിട്ടുണ്ടാവും അത്തരം ഇയാൾ വിരിച്ചിട്ടുണ്ടാവും ഞമ്മട്ടുണ്ടാവും ഇയാ ഹർത്താ എത്ര വരെ എന്നും അഹമാൽ സിബാഹു അയാൾ കുഞ്ഞായ കാലത്തിൽ എന്തെങ്കിലും അയോഗുണ്ടോ ഒരു അഹമാലുണ്ടായിരുന്നോ അതുപോലെ ഇയാൾ എടുക്കാണ്ടിട്ടുണ്ടാവും അയാളെത്തി മാത്രമല്ലോ വാൻ ഉയർ ബദന വന്റെ മകനിലേടെങ്കിലും അയബുണ്ടോ ഹത്തി കറ എന്നോ കൈ ഒന്നിക്ക് മുടി ചോദിച്ചത് മുതലി കററി അതുപോലത്തെ എന്തെങ്കിലും അയബുകളോ അല്ലെങ്കിൽ വല്ല ഹപ്പത്തോ എന്തെങ്കിലും സംസാരത്തിലോ വെങ്കിന്റെ അത് വ്യതയും മറ്റൊരു റിക്കാർഡാക്കി ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാടെ വെച്ച് പറയേണ്ട നേരായിട്ടില്ല അയാളേടിയോ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ആള് കൂടി എന്ന് കേട്ടിട്ടുണ്ട് കുറച്ചാളെല്ലാകർഷിക്കുന്നു കണ്ടപ്പോ യോഗം വിളിക്കാം സൂക്ഷിക്കണമെന്ന് വന്നിട്ടു അതാ പറയുന്നത് തുമ്മൈദി അതിനാ കടപത്തി മിഞ്ചിനത്തി ആ വന്ന വെക്കുന്നില്ല മറ്റൊരാള് വേറൊരു കയറ് അയാളുടെ നിന്ന് ചെറിയൊരു കടപത്തുണ്ട് എന്ന് അറിയപ്പെട്ടാൽ അറമബി ഈട്ടമാറ്റിക്കൻ ഈ കുറ്റവും കുറവൊന്നും വെട്ടിത്തുറപ്പില്ല എപ്പോ ഇയാള് അടക്കം ചെയ്ത് പിടിക്കുന്ന ആളാമെങ്കിൽ ഇയാളെ മുട്ടമാസിക്കാണെങ്കിൽ എന്താക്കുന്നതോടെ അധ്യാപിന് വരും അതുമല്ലേ ഇയാളെ കുറച്ച് ബായി പടക്കാന്നോ എന്നാണ് ഇതും അതിന്റെ അപ്പുറം ഇടം നിസ്സാഹം പഠിച്ച് വരും ഇപ്പൊ ഒരു നാണക്കവിടെ ഉപ്പില്ല അതാ കമാമിമിൻ മുനാദരീരൻ മാഡോദീനം സുഹോലിയും ഈ മുനാദന നടത്തുന്ന കൂറ്റന്മാരോ കൂട്ടത്തിൽ എണ്ണപ്പെട്ട കുറെ നേടക്കന്മാരുണ്ടായിരുന്നു ഓറെ പയനായല്ലോ ആ അങ്ങനെ എത്രയോ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നോ പറയുന്നു തലബൽ മുമ്പാ വമിൻ മറ്റൊന്നെന്താണ് ജനങ്ങൾക്കുണ്ടാകുന്ന മസാഹത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും അനുഷം വന്നാൽ അതിന് സന്തോഷം അതാത് മുസ്ലിമും സ്വന്തം നഷ്ടിഷ്ടപ്പെടുന്ന ഒരു കാര്യം മുസ്ലിമായ സഹോദരനും ഉണ്ടാവണമെന്ന് ഇഷ്ടപ്പെടാത്ത ഒരാള് ആരാണ് അഖലക്കൽ മുമ്പിനും ഭാഗികരായ ആളല്ലേ ജനങ്ങളൊന്നും നേരെയാകാൻ പള്ളത് കുറേ പുതിയ പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന വിചാരിക്കുന്നു ഉണ്ടായിരിക്കും ഇവർക്ക് ഇത് ചിലവാക്കാൻ എല്ലാവരും കൂടെ ഡാങ്കിൽ ഇവർക്ക് പണി ഉണ്ടാവുക ഡാക്ക എല്ലാവരും രോഗികൾ വേണോ ഇതിനാന്ന് എനിക്ക് മരുമോക്കാൻ ഉണ്ടാവുക എനിക്ക് വിധി കിട്ടുക ഞാൻ ചെയ്യാൻ ഉണ്ടാവുക ആരോഗ്യം അപ്പൊ ഇവർക്ക് മണി ഉണ്ടാവില്ല അപ്പൊ നേരം വെക്കുമ്പോ അതിന് എന്താ ഉണ്ടായിരുന്നേ കുറെ രോഗികളുണ്ടാവട്ടെ എന്നോട് ഇങ്ങനെ ഡോക്ടർമാർ കേൾക്കും കുറെ വണ്ടി വാടി മറിയട്ടെ ആരെങ്കിലും കഴിയുമ്പോൾ ഇവരട്ടേനോ നേരമത്തെ പാടാൻ കുറെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഇതുപോലെ കുറെ പാർട്ടിക്കാരുണ്ടാവട്ടെ എതിരിച്ചു വേണം ഞമ്മൾക്കെ തുടക്കാനും കാളം വെക്കാനും ഇവ തൊണ്ട കയറാനും കാവടിക്കാനൊക്കെ വേണം ഇവന്റെ പതിലുപടി കൊടഞ്ഞുകൊണ്ട് മുബാഹത്തിന് അരങ്ങേടിയുഹോ അക്രാനഹു ഇവന്റെ അക്രാനിന്റെ മോശമാകുന്ന കാര്യം ഇവന്റെ സന്തോഷകരമായി ചെയ്യും അക്രാനിന് സുഹാകുന്ന കാര്യം എന്താക്കും ഇവന്റെ സന്തോഷം നിങ്ങൾ ഇവന്റെ പകുതി ഉൾപ്പെടുന്നുണ്ടോ അതുപോലെ വസ്കാര അല്ലതീ എങ്ങനെയല്ല ഇവന്റെ കൂട്ടുകാരാണ് ഇസാമോനഹോ അവരിന്റെ വിഷയത്തിൽ ഇവനോട് കടപിടിക്കാവുന്ന ആൾക്ക് എന്തെങ്കിലും സുഖം ഉണ്ടായാൽ ഇവയ്ക്ക് നല്ലവണ്ണം സന്തോഷം ഇവരുടെ തബാകു എപ്രകാരമുണ്ടെന്നറിയോ തമാബൈനം നറാഹിനി ഒന്നിലധികം ഭാര്യന്മാരടക്ക് ഉണ്ടാകുന്ന ആ പോരില്ലേ രണ്ട് പണ്ടുമാരുടെ പോര് ആ പോര് പോലെ ഉണ്ടാവരുത് ല്ലാൻ അഞ്ചപ്പെട്ട ഒരു പെണ്ണ് സാഹിബത്ത മറ്റേ കൂട്ട ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇവള്ളുന്നില്ലേ എന്തായാലും ഈർസ്ഥാനത്തെ പ്രാവശ്യം ഇവളെ കൈകുന്നാലൊക്കെ പറക്കുന്നുണ്ടാവും പല്ലി കടിക്കുന്നുണ്ടാവും മറ്റുള്ള ഞാൻ അവിടെ ഇതേമാതിരി മറ്റേ മുലർക്ക് വരുമ്പത്തേക്ക് അയാളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല അപ്പൊ സാഹിബത്തിന്റെ ദൂരത്തുനിന്ന് കാണുമ്പോക്കെ തന്നെ ഇവളെ പറഞ്ഞു ബർച്ചിന്ന് ആ കളറൊന്നും മാറി ഏ മറ്റോടാ ഇതേ മാറ്റിയാണ് മെഡിയാക്കിയാക്കാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന കടന്നു മാറ്റം കഥ തറൽ മുനാമിറ ഇതെങ്ങനെ മുനാമിറ നീക്കി കാണാ ഇതാ മുനാമിറ വേറെ മുനാമറിനെ കാണുമ്പോക്ക് ൗലുഹും അയാളെ കടല മാറി വത്സറബലി ഇയാൾക്കൊരു പൊറോട കൊടക്കലും ഇയാളെ സിക്കുറല്ല മാറി ഏ സാരിഹ ഉച്ചാഹിത് ശൈത്താനം മാറി തന്നെ ശൈത്താനം മാറിനെ കണ്ടും മുത്തിയമാറുക ഇയാക്കുള്ള ആ കോപ്പറേഷൻ ആ സർക്കാരിനുള്ള അറിയുന്നതിൽ പിടിച്ചു മുരുങ്ങുന്ന ഈ പൊടിമൃഗത്തിനെ ഇത്ര എന്തുവരെ കണ്ടു ഇന്ന മാറി ഉണ്ടാക്കും ഇയാൾക്ക് ാസോലാഹില്ല നീ കാമാനന്റെ ഒരമാക്കളാണെങ്കിൽ പരസ്പരം ഉണ്ടാകുമ്പോൾ കണ്ടുമുട്ടുമുണ്ടാകുന്ന ആ ഈശ്വരവാഹം ആ സന്തോഷം ഈ നാസം എവിടെ പോയി ദീനന്റെ ആളും ദീനന്റെ ആളും തമ്മിൽ കണ്ടുമുട്ടുമുണ്ടാകുന്ന ഇത്രീനാസും ആ ഈ നാസും ആ ഈശ്വരവാഹം എവിടെ പോയി ഓരോണ്ടെങ്കിലും ഞാനില്ലാന്ന് പറഞ്ഞില്ലെന്ന് ഞാനില്ലെങ്കിലും ഞാനുണ്ട് ഒമാനുഖിലാൻ നമ്മൾ മുഹാകാസി മനാസുരി വസാഹുനിക്ക് ചെറുതായി വന്ന നാൾ സന്തോഷത്തിലാവട്ടെ സന്താപത്തിലാവട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം സന്തോഷവും കൈമാറുന്നുണ്ടല്ലോ ഓനിക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ഓനിക്ക് ദുഃഖം നമുക്ക് ദുഃഖം തന്നെ കൈമാറ്റാം അപ്പൊ അതും പരസ്പരമുള്ള സഹായങ്ങളും ആ സാഹോദര്യം ബന്ധം ഇന്നവിടെ പോയി േ അൽ ഫിന്റെ അക്കെ ഉടമാക്കന്മാരുടെ ഇൽമുണ്ടായാല് റഹിമിൻ മുത്തത്തിന് നോറ പരസ്പരം കൂട്ടിച്ചേർക്കുന്ന കുടുംബബന്ധം റഹ്മുബന്ധം പോലെയായിട്ട് ഉണ്ടാകുക എന്നാണ് ഇവർക്ക് പരസ്പരം ഇല്ല കുടുംബബന്ധം റഹമൊന്നുമില്ല ഏതോ ആളാണ് പക്ഷെ അയാൾക്കും ഇരുമണ്ട് ഇയാൾക്കും ഇരുമണ്ട് അപ്പൊ രണ്ടാളും മഹരോ സ്വബിനും ഇരുമുള്ള ആളാണെങ്കിൽ ഒരാണ്ടാളും ഉണ്ടായി എല്ലാ സഹകരണം മാറാക്കി സഹനം മുട്ടത്തിലാക്കി മാറുന്നവർന്നു പരസ്പരം പകയും പോലും എല്ലാം ഉണ്ടല്ല ഓൻ കയറിയ വണ്ടി ഞാൻ കയറില്ല ഓർക്ക് വണ്ടി വേറെ ഇവർക്ക് വണ്ടി വേറെ വല അതിരി എനിക്ക് തെരയുന്നില്ലാ ഇമാമിന്റെ തുടർന്ന് ജീവിക്കുന്നു എന്ന് ബാധിക്കുന്ന ചില കൂട്ടർ ജമാൻ ജമാറൻ ഇൽ മാറി ബൈനഹം അവരുടെ അദാമത്തം കാത്തിയൻ ഇവരെ നേരെയുള്ള ബന്ധങ്ങളെല്ലാം മുറിക്കാനുള്ള അദാമത്തിന്റെ കാരണമായി മാറിയ ഞമ്മരാണ് ഞമ്മൾ ഷാഫി ഇമാമിന്റെ ആടാന്ന് പറയുന്നില്ല എവിടെ ഞങ്ങൾ ഒരുമിച്ചു കൂട്ടിയത് ഓറ് പറയുന്നത് ബ്രഹിമമുട്ടത്തിലാണെന്ന് ഇപ്പൊ പല നേരത്തെ മാനസിക പീഡനയുടെ പോലെ മുറിച്ച് കളിയുന്ന രീതിയിൽ അടാമസായിട്ട് ഇപ്പൊ മറിച്ചു ഞാൻ ജോലിക്കുന്ന സ്വാഹിക ദിവസം വെറു അസംബൻ ഉൻസു ബൈനകും എങ്ങനെ തസം എന്താണ് ഉദ്ദേശം ആ തലബിൽ കലപത്തി പൻ ഉപാഹാത്തി ഓരോരുത്തരും ലക്ഷ്യം ഉപാഹാത്തും കലബത്തും ആണെന്നല്ലോ അതുണ്ടായിരിക്കുക അവ രണ്ടാടത്തിൽ ദിവസം ഉണ്ടാകണമെന്ന് പറയുന്നതിന് അർത്ഥമില്ല അതൊക്കെ അല്ല അഞ്ചൊരു സമക്ക് അക്കാൻ ഒരു കാര്യം എന്താ മതിറാവാനി മുന്ന മുനാങ്ങൾ അഖലാക്കിനെ തനിക്ക് ഉണ്ടാക്കി തീർത്തുകയും മുഹമ്മനീങ്ങളുടെയും മുത്തക്കിയങ്ങൾ അഖലാത്തിനെ തൊട്ട് നിന്നെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുമെങ്കിൽ ചെറുബ് ശർവാൻ ഇതിനെപ്പുറം നീ വന്നു വേണ്ടാലും നാടന്മാർ നാടന്മാർ തമ്മിൽ അങ്ങനത്തെ ഫൈറ്റിങ്ങോ പോലോ ഒന്നുമില്ല ആ പോർക്കുകെട്ടിയ ഇൽമി ചർവാനെന്തേ കൊണ്ടു മുനാസിന സ്വഭാവം നീ ഉൽപാദിപ്പിച്ചു മുഹുമ്മിയുടെ സ്വഭാവത്തിന് മാറ്റി നിർത്തുകയും ചെയ്തോ എന്ന ഇൽമി നിനക്കുണ്ടല്ല ചെറായിട്ടാ അറിയിച്ചു വമിന്ന ഇനി അതിനാലുണ്ടായ അക്കലാക്കേതാണ് അൻ നിഫാക്ക് നിഫാക്ക് എന്താണ് ഓരോ കടുപ്പിയാണ് പക്ഷെ കണ്ടപ്പോ ഇതെല്ലാം നല്ല തന്നെ അസുഖം തന്നെ എഫത്തിന് എപ്പൊ മെച്ച എഫത്തിന് അങ്ങനെ ചോദിച്ചിട്ട് ഇവര് പൂട്ടിച്ചാക്കലുണ്ടല്ലോ ഇതിനാന്ന് മെച്ചമാക്കി സംരക്ഷിക്കാൻ വേണ്ടി ചെന്ന് ഓരോ ഈ കേട്ടാ തോന്നുന്നു നമ്മുടെ സുഖമെല്ലാം ചോദിച്ചാക്കിന് നന്ദി മോശപ്പെട്ടതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലൂട്ടും ഇതിലേക്ക് വാഴ നിർബന്ധിതരായിട്ടുണ്ട് കാരണം ഇവർ ഹസ്മകളെയും ഇവരുടെ ചങ്ങായിമാരെയും ഇവരുടെ കൂട്ടക്കാരെയല്ലാം ചിലപ്പോ കാണേണ്ടി വരുവല്ല വലായ തിരുവന ബുദ്ധമിന് തവതുതിയിലും അവൻ ചെറുങ്ങനെ പിരിച്ചൻ കാട്ടാണ്ട് എപ്പോഴും ഞാൻ ഹനുമാന്റെ കൂട്ടാക്കുന്നില്ല ഹനുമാൻ്റെ ഇതിനു ഓ ഹനുമാൻ ഞാൻ കെപ്പും ചോപ്പ അപ്പോൾ ഓറിലേക്ക് ഒരു പിരിച്ചെങ്കട്ടാണ് ജലവസരം അപ്പൊരു ഷോപ്പിംഗ് വേണം സാനി അപ്പൊ റെഡിമെയ്ഡ് ചിരി ഉണ്ടാവും ആ ചിരി തുടങ്ങി വരും മുപ്പത്തിരണ്ട് പല്ലും വന്നിട്ട് ഇതുണ്ട് ശരിക്കും തന്നെ ആത്മാർത്ഥമായ ചിരിയല്ലത് അത് റെഡിമേഡാണ് ഭക്ഷണം വർക്ക് അങ്ങനെ വരും അതുപോലെ വൈബാറ് ശൗക്ക് അതുപോലെ ഓരോ ശോക്ക് കൊറേ കാണിയാലേ കണ്ടിട്ട് കാലം ഞമ്മൾ കണ്ടിട്ടല്ലേ കാണാനേ ഇല്ല ഞാൻ വിവരം അറിയുന്നില്ല കവൾ ചോക്ക് പ്രവർത്തിക്കാനും ഇവർത്ഥത്തിൽ കൂടെ എല്ലാം അറിയുന്നുണ്ടാവു വലിയ ഏറ്റുതാതി മക്കാലിയും അഹവാലയും ചോർക്ക് സ്ഥാനം കൊണ്ടും ഓർ അഹബാലി കൊണ്ടും ഇയാള് കണക്കിലെടുത്താടാവുന്നുണ്ട് ഞാൻ പണിയിൽ നിർത്തിനാ കളത്തിപ്പൊക്കെ അല്ലെ ഇങ്ങനെ ഉണ്ട് പണിയിൽ നിർത്തിയിനാണ് മ്പു വൽമുഹാത്തമ്പു വൽമുഹാത്തിനും അന്നദാലിക്കൻ ഈ മുഹാത്തിമനും അറിയാം മുഹാത്തബന് അറിയാം ഇത് കേട്ടിരിക്കുന്നാക്കും അറിയാം ഇതേ നാടകം ഈ കണിക്കുന്ന കളി തേച്ചു കണിച്ച നാടകമെന്നായിരിക്കറിയാം മുഹാത്തിമ്പ ഇവനിക്കും അറിയാം മുഹാത്തമനും അറിയാം ഏ ആ കേട്ടിരിക്കുന്ന ഒരു അന്നദാലിക്ക കതിപും വ സൂറും വ നിസാക്കും വ ഹുജൂറും ആണെന്ന് നല്ലോണം ഇല്ല പിന്നെ ബിൽ അൽസിനത്തി മുത്തമ്പോനെ ബിൽ കൊലോമ് കൽബ് കൊണ്ട് അങ്ങേയറ്റ തപാമുഖാന്ന് തപാകുന്നു നാങ് കൊണ്ടുള്ള വെറും തപത്തത് മാത്രമാണ് ഇത് ഞാൻ അതുമില്ലാതില്ല ഇത്തരത്തിലാണ് ഇതാക്കിന്റെ തള്ളകാക്കട്ടെ ിബിൽ ജനങ്ങൾ ഇൽമ്പ് പഠിച്ചു പക്ഷെ അതുകൊണ്ടുള്ള അമരില്ല നാദു കൊണ്ടൊരു വിശങ്കാട്ടില് കൽബ് കൊണ്ടുള്ള വെറുപ്പും അർഹാമിനോ ഓരോ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നു എന്നാൽ അള്ളാഹു ബഹാരഹുമാൽ അവർ ചതിക്കുകയാണ് അവരെ കണ്ണുപൊട്ടം മാറും ചെകുടി കേൾക്കാത്തവർ ആണ് ഹുസരവർ ചരിക്കുന്നു അവർക്ക് കണ്ണുമില്ല കാൽ അല്ലാഹു നിവാസിയുടെ ഹരീസാണ് ഈ ഹരീത്തിന്റെ മാന ഇവിടെ പുലർന്നു വന്നിരിക്കുന്നു ഈ ഹാല നിന്ന് കണ്ടുകൊണ്ട് തന്നെ പുലർന്നിരിക്കുന്നുണ്ടല്ലോ നീ മതം മുമ്പിൽ പെട്ടതാണ് ഋറ്റിക്കും ബാറു അനിൽ ഹത്തി ഹക്കിനുറത്ത് ഇവർ കാട്ടനീ ഹക്ക് ആരെങ്കിലും പറഞ്ഞു വെങ്കിൽ ഇയാളെ പറഞ്ഞതിനെ വിട്ടിട്ട് കളിക്കുകയില്ല എങ്ങനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഇല്ല സമ്മതിച്ചാ പിന്നെ തോറ്റിപ്പോയില്ല കുട്ടി കുത്തിപ്പോയില്ല ഹക്കിനെ ഇയാൾ ബെറുക്കലും വൽസൽ മുമാറാത്തിനി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചണ്ട കൂടാൻ വേണ്ടിയിട്ട് നെടുത്തും അപകട ചൈനൻ മുനാ എത്ര പേരെ കൂടി മുനാഗം നടത്തുന്ന ലോകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട തങ്കിൽ എന്ന് അറിയാം മാറ്റം പറഞ്ഞു അറിയാൻ പാടില്ല എന്നാണ് ഇവന്റെ കക്ഷി ഒരിക്കലും ഹക്ക് പറയാൻ പാടില്ല പറഞ്ഞെങ്കിൽ പിന്നെ ഓം പറഞ്ഞ തിരിഞ്ഞ് വെക്കേണ്ടി വരൂലേ അപ്പൊ ഞാൻ ചോദിച്ച ഒമ്പത് ഒന്നും പത്ത് ഓം പറഞ്ഞാ വേണ്ടി പറഞ്ഞു അല്ലാന്ന് പറയാൻ പോലും എന്റെ ജീവൻ പാറ കണക്കോട്ട് ഒമ്പതൊന്നും പത്ത് എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഓം പറഞ്ഞതിന് തിരി വെക്കൽ അതെല്ലാം കണ്ടെ ഞങ്ങൾ തടയണം എന്താ മുനാദർ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കണ്ടുകൂടാത്ത തന്ത്രം പറയുമോ അയ്യോ അവൻ്റെ എതിരി കച്ച ഹക്ക് വരാൻ പാടില്ല എന്നുള്ളത് അതോ വന്നാൽ തന്നെ അതിനെന്തെങ്കിലും അവിടെ ന്യായമ്മയുടെ തേച്ച് മാറ്റി ഇല്ലാണ്ടായിക്കൊള്ളി ഇനി അഥവാ വല്ല അവസരത്തിലും അവന്റെ വക്കൽ നിന്ന് ഹക്ക് വന്നു പോയി നോക്ക എന്നാലോ തടം ജഹദീ അത് നിഷേധിക്കാനും അതിനാ തള്ളിപ്പറയാനും എന്ന് ക്ഷരുമിക്കുമ്പോൾ ഇവന്റെ ജുഹുദിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഹക്ക് ഹക്കല്ലാതെ വെട്ടിത്തൂട്ടിട്ടുണ്ടോ എന്ന് തേച്ച് വച്ച് കളയാൽ അത് തള്ളിക്കളയാൻ വേണ്ടി എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ മക്കളുണ്ടോ ചതിയുണ്ടോ എന്ന് ഇംകാൻ ഉള്ളിടത്തോളം ഓ ചെലവാക്കാൻ നോക്കും എത്രവരെ ഹത്താ തസീലൻ മുമാറാ ആദത്തൻ ഈ വിഷയത്തിൽ മുമാറാത്ത്ിക്കണമെന്ന് മാത്രം ഹാട്ടിയിലാണ് മുമാറാത്ത് അത് ഇവന്റെ തീയ്യത്തായി മാറിയിരിക്കും പറഞ്ഞു എല്ലാ പേക്കയിലും ഏ ദിവസത്തിലാണ് പേപ്പട്ടാണിക്കൊണ്ട് പറഞ്ഞാൽ മറ്റേ തേക്കിയിലാണ് ഏതാ മറ്റേ ദിവസം പേപ്പറ്റിൽ വെറുതെ ചെയ്യും അതെടുത്തോണ്ടായിരുന്നു നമുക്ക് മാറപ്പഴറ്റിക്ക് കാണുന്നില്ല പുതാപരിച്ചാ എന്താ ഇങ്ങനെയാണ് പഠിച്ചിടിച്ചത് എന്തിനാ ഈ മൊമാറാത്തത് മുമറാത്തന്നുള്ളത് മുമറാത്തന്നല്ല വേറൊരാളും പറഞ്ഞിർക്കാന്ന് മാത്രം അല്ല ഹെമാനൊന്നും നോക്കണ്ട ഇന്ന് ഒമ്പതൊന്നും പത്ത് ഒന്ന് പറഞ്ഞ പത്തല്ല എന്ന് പറയണ്ടേ അല്ല അവന്റെ തെമയി അനത്തായി മാറുക ഫലായ്മ കലാമൻ ഇറ്റ കലാമോ അത് കേട്ടം കൂട്ടാക്കില്ല എല്ലാ വയമ്പേക്കും ഈ അവന്റെ പ്രകൃതിയിൽ നിന്ന് ഇളകി വരും ധാരിയത്തുള്ള എത്രയും അതിനെഴുതി പറയാമല്ലേ വാരു വൃത്താന്ന് പറഞ്ഞാലല്ല കത്തുന്നു ഇഷ്ടപ്പശ്നം അയ്യ ഞായീങ്ങൾ സംസാരിപ്പിച്ച അത് എത്രയെത്തി വൃത്തിക്കത്തും ജഹലിമദാനിക്ക് അനാ കല്ലി അവന്റെ കൽഭിന്ന കൊണ്ട് കാലിഭായിട്ട് എടുക്കുന്ന ഈ അതില്ലത്തിൽ ഖുർആനിൽ അൽഫാദിലും ഖുർആാനിയായ ദലീലുകളിൽ പോലും മോനിക്കത് കുട്ടികൊടുക്കാൻ മനസ്സിലുണ്ടാവില്ല എന്നാൽ പിന്നെ നിങ്ങൾ അല്ലയാൾ കിട്ടിപ്പോ ഖുർആാനി എന്താ പറഞ്ഞു നോക്കണം അതിന് ഉപസമ്മിക്കൂല പറഞ്ഞിരിക്കണം അങ്ങനെ അൽപ്പാദ അതില്ലത്തിൽ കുറാനിൽ നിന്ന് ചിലത് ചിലത് കൊണ്ട് എന്താക്കും അയാൾ അങ്ങോട്ട് ഇങ്ങോട്ട് റദ്ദുറു മുഖാബലത്തിൽ മുഖാബിലയിൽ പോലും മുഴാകുന്നുണ്ട് സാധനം എന്താന്ന് അത് വിരോധിക്കപ്പെട്ട പിന്നെ ബാത്തിൽ ആയാലോ പിന്നെ പറയാനില്ല ബാത്തിലിനെതിരെ നിറാവു സമ്മതിക്കപ്പെട്ടിട്ടില്ല അത വൽമിറാഹു നീ മുഖാബിലത്തിൽ ബാത്തിൽ ബാത്തിനെതിരായിക്കൊണ്ടുള്ള മ്മാറാത്തുണ്ടല്ലോ അത് തന്നെ മെഹദൂറാണ് പിന്നെ ഹക്കിനെതിരെ ബാത്തിലോട് മാറാത്ത പിന്നെന്താ അവസ്ഥ മനസ്സിലാവില്ല ഇതിനെ പറഞ്ഞിൽ നിറാൽ ബാത്തിനെതിരായിക്കൊണ്ട് നീ പറയുന്നത് ഹക്കായ തന്നെ മിറാഹ് വേണ്ടെന്നാ പറഞ്ഞു എന്താ കാല തള്ളുന്നാകാലും മൺ തറക്കൽ നിറാഹാകും ഇയാള് ബാത്തിന്റെ ആളാന്ന് എന്തിട്ട് ഞാൻ തർക്കിക്കുന്നില്ല എന്ന് വെച്ചാൽ ജന്ന സ്വർഗത്തിന്റെ മിച്ചത്ത് വലിക്ക് എന്താക്കൂ ഒരു ബൈറ്റ് കൊടുക്കൂ വമൻതടക്കൽ മീറാഹബാഹ് മൊഹക്കൊൻ ഈ പറയുന്നവനാലും തന്നെ ഹക്ക് പറയുന്നത് തന്നെയാണ് എന്നിട്ട് മുമറാത്ത് വേണ്ടെന്ന് വെച്ചാൽ ബനമല്ലാ വലഹു ബൈട്ടം ഫി ആനിൽ ജന്ന സ്വർഗത്തിന്റെ മോളെ തട്ടിലെ വനിക്ക് കൊടുക്കുന്നതാണ് അവിടെ കണ്ട ഹക്കായിട്ട് തന്നെ മുമറാത്തിനെ ഒഴിവാക്കിയ മകയിലാണ് എന്താക്കും സ്വർഗത്തിന്റെ മുകളിലട്ടിലാണ് എനിക്കും വിടുകൊണ്ടെന്ന് പറഞ്ഞത് സമ്പല്ലാഹു താല ബൈന മനുഷ്യനാഹിറ്റിമൻ കണ്ടബിൽ ശക്തി ഹക്കിനെ കളവാക്കിയോനും അല്ലാന്റെ മേൽ കളവ് വെച്ചുകൊട്ടിയോ സമൂഹം അള്ളാഹുത്താല വന്നിരിക്കുന്നു അല്ലാറ്റതിരെ കളവ് വെച്ചുപെട്ടലുണ്ടെന്നും ആ കുറ്റകൃത്യവും ഹക്കിനെ കളവാക്കുന്ന കുറ്റകൃത്യം രണ്ടും ഒരു ഹക്കാർക്ക് അങ്ങനെ ഇല്ലേ അപ്പൊ അതിന് തള്ളി പറയാം ഒരാൾ അള്ളാന്റെ എന്തെങ്കിലും വെച്ച് പെട്ടെന്നു അള്ളാഹ് മക്കളുണ്ടെന്നും അള്ളാ ഉറങ്ങിലുണ്ടെന്നും അള്ളാഹാ അങ്ങനെ ആകെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാന്റെ മേലെ കളിവെച്ചു രണ്ടും സമ്മാനു കുറ്റവട്ടത്തിൽ രണ്ടും രണ്ടല്ല തക്കാലുള്ള രണ്ടും കുല്യവെറ്റല്ലേ പറഞ്ഞത് ഏറ്റവും അപനമാരാണ് ഒന്നിച്ചിൽ അള്ളാന്റെ മേലെ കളിവെച്ചുപെട്ടി വെച്ചു രസാക്കണ മതിലുള്ള മസ്തിരുമ്പിനുള്ളൊക്കെ പറഞ്ഞില്ലേത്തിനും വെള്ളത്തിലെന്ന് പറഞ്ഞില്ലേ മറ്റൊരുത്തനോ ആ കരുതിലെ ഒരു ഹക്കായ സാധനം മോനിക്ക് വന്നതിന് ശേഷം ഓനെ കളവാക്കുന്നു മക്കളെ ഭക്ഷണം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓനിക്ക് സ്ഥിതി ചെയ്യാറില്ല രണ്ടാൾ ഒരുപോലെ തന്നത് ണ്ടായ മതമമായ അഹലാക്കാണ് കാരണം ചോക്കൻ ജയിച്ചാക്കി പിന്ന ജയിച്ചാക്ക് സമ്മാനം കൊടുക്കലും ഈ കൊട്ടിപ്പാടലും നെല്ലാണ്ട് പിന്നെ ആളാടേ പോലീസില്ലാണ്ട് അതാ നീലല്ല മാത്രമല്ല പടപ്പുകൾ ശരിക്കും മുളഹം ചെയ്യണം പടപ്പുകൾക്കായ അഖില കാർ പോലിച്ച കാത്തു കിട്ടിക്കല്ലേ വൽ ജുഹു കിഫ്തിമാലത്തിൽ പുതൂഹിഹി വസ്ത്രത്തിൽ പുതൂഹിയും അവരുടെ മുഖം ഇവരിലേക്ക് തിരിയണം ഓരോ കൽബല്ലം ഇവരിലേക്ക് ചാഞ്ഞ് വിട്ടണം എന്നുള്ളത് കൂടാണ്ട് ചെയ്യേ ചെയ്യില്ലോ ഉൽ അതാണല്ലോ മാറാത്ത ലോകം അല്ലെങ്കിൽ അക്കമ്പലുൽക്കമ്പാ ഇവരിലേക്ക് എത്തിച്ചേർക്കണം ചെറുക്കുള്ള സുഹൃത്തല്ലേ പറഞ്ഞത് മക്ബർ ഉൽക്കപായതായ കാര്യങ്ങളിലേക്ക് വിയാൾ വിളിച്ചു ചേർക്കും കമ്മിറ്റി ഈ കിതാബി ജിയാ ലിജി വിശദമായി പറയാനെച്ചാൽ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു മുനാതിരുൽ ഈ മുനാദരായ മനുഷ്യൻ പടപ്പുകൾ എടുക്കൽ തെളിയാനും ഞെളിയാനും അല്ലാണ്ട് വേറെ എന്ന് എന്ന് പറഞ്ഞിട്ട് വന്തുല കാലിത്തനായാലേ ജനങ്ങളെല്ലാം മബനെ പുകഴ്ത്തിക്കൊണ്ട് എന്താകണം മുക്ത കണ്ടോന്നാ പറയലേ പണ്ടെല്ലാം വൃത്തിയായിട്ട് ഇവരെ മകുണ്ടത് ഏ കണ്ടം കണ്ടെന്നൊന്നും കേട്ടല്ലേ അത് മുക്തമാണോന്നാണ് എണ്ണി സ്വഹാബിയ പത്ത് കാര്യം എണ്ണിയിരിക്കുന്ന മുനാമറ കിട്ടിയ നേട്ടങ്ങൾ നേട്ടങ്ങൾ കോട്ടങ്ങൾ മുനാമറ ആ ചില കിതാറാനെങ്കിൽ അമീൻ നിമ്മഹാത്തുൽ ഫവായിത്തിൽ ബാഫിന ബാഫിനായ ഫവായിത്തിൽ തള്ളവറനതു അന്റെ ഫറൂജത്തും കൂടിയല്ല ഹ് കേലിയോ സിവ മാ യതഫിക്കു ലിഗൈറിൽ മുതമാസികീന മിൻകും കണ്ടോ അതാണ് ഇനി അവരവരെ ഉടുക്കി നിർത്താ കഴിയാത്ത കുട്ട മുതമാസികുന്നത് ഇതെക്കണ്ടായി ചോദക്കി നിർത്തിയിട്ട് കയും കാല ഗാട്ടിങ്ങിന അച്ചടക്കം പാലിപ്പിക്കുന്ന ആള് ക്ഷമ കൈക്കൊണ്ടുന്നത് അങ്ങനത്തെ കൂട്ടർ അല്ലെങ്കിൽ അടിയും പൊടിയും ചെരുപ്പൂരിൽ അവർ നടക്കുന്നുണ്ടോ അത് വേറൊരു കാര്യമാണ് വരാനാവുന്നെന്ന് ഇത് പുറത്തുള്ളൂ ഇത് മനസ്സിൽ ഉതുക്കി വെച്ച കാര്യാണ് ശിവ അമ്മ ഒന്നിന് പുറമേ എത്തും അതുണ്ടായി തീരുമാനിക്കല് കയ്യിൽ മുത്തമാർത്തിനാ ഈ കൂട്ടറിൽ നിന്ന് സമാക്കത് കയ്യാത്ത മുത്തമാർത്തി എന്ന് പറഞ്ഞാൽ അവരവരെ ഒതുക്കാൻ കഴിയുന്ന ആള് കയ്യാത്ത ആള് ഓർവക്കണം തണ്ടാലിത്താം ഭയങ്കരമായ കുഴപ്പാൽ നിർബി നല്ല നിർബിലൊക്കെ എത്തിച്ചേർന്നങ്ങളെ പിന്നീ വല്ലാതി കുപ്പായാലും മൂത്തടി കിട്ടിയ പോലും അടിച്ച് പിടിച്ച് വലിച്ചുപോലും വാലുണ്ടായിരുന്നു ചട്ടുമീ പറയാന തുടങ്ങുന്നുണ്ട് അതിനൊക്കെ പറഞ്ഞിട്ട് ശക്ത മുസ്തകം കൊണ്ടല്ലേ തുടങ്ങുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ട് കുട്ടിയാ തുടങ്ങിട്ടാ പറഞ്ഞു ായ കഥ തന്നെ പറഞ്ഞു അതിനൊന്നും മതിയുണ്ടാവില്ലെന്ന് പറഞ്ഞ കൈമുടി കൊടുക്കരുന്ന് ഇക്കൂട്ടക്കാർ നാടിന്റെ കൂട്ടത്തിൽ തന്നെ നാഗുതാകാൻ പറ്റൂല അതിന്റെ ഉണ്ടല്ലേ അൽമാറ്റപീൻ അക്കാബിറാകുമെന്നും ഇവരെ നെഞ്ചന്മാരുടെ കൂട്ടത്തിലേ കൂട്ടിയിട്ടില്ല ഇനിയോ അക്കാദരം ഒക്കലാകും എന്താണെന്ന് അറിയോ പുറത്തിനൊന്നും പ്രകടമാക്കാണ്ട് തല്ലും കുത്തും നില്ലാണ്ട് കാര്യം കഴിച്ച രാജിനെ മേൽപറയ പത്ത് പത്തെണ്ണം മനസ്സിനുള്ളിൽ കുത്തി നിറത്തിട്ട് അവി ചാക്കി നടത്തിയു അവരുടെ അയം ഫക്കൂൻ അൻഹാദിഹിൽ ഖിസാൻ അല്ല ഈ പത്ത് കാരൻ മനസ്സിലുള്ളിൽ തുറത്തിട്ട് ഓർ പോയിക്കോടപ്പൊ എപ്പോ ഒന്നും ഓർമ്മുണ്ടായിട്ടില്ല ഒക്കലാ കഴിക്കാൻ ഇനി പറയട്ടെ പത്തും എപ്പോണ്ടാവോ നാട്ടിന്റെ അടുക്കടക്ക് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ ചിലപ്പോ പത്തുണ്ടാവും വളരെ ദൂരത്തല്ലാന്ന് എങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവില്ലേ ചിലത് മാത്രമേ ഒത്തു വരുള്ളൂ എന്നാണ് കണ്ടുമുട്ടാത്ത ലോകത്തിന്റെ അങ്ങടിയോ ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ ഈ അത് ആഫ്രിക്കയിൽ രണ്ടുപോലെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കിയിലുള്ള ചെറിയ പറക്കിലുണ്ടാവും അങ്ങനെ ബാക്കിയൊന്നും ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടെന്നില്ല നമ്മൾ കാണാത്തുണ്ട് ലോകത്തിവരെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നില്ല നിയമോ നാമി പത്ത് കായിക്കൊള്ളുന്നില്ല ഞാൻ കതിയസിലും ബാധുവും ചെറിയ ആളുകളെ രക്ഷപ്പെടലുണ്ട് മീൻപാതയായി പത്തിൽപ്പെട്ട സ്ഥലത്തിൽ നിന്ന് ആരോടൊപ്പം മഴ മുന്നോ വാതിലുള്ള അന്നു ഇവനെ കാണാ കൂത്തുമ്പയിൽ ചുരുങ്ങിയ ആളൊപ്പാണെങ്കില് വാഹിതൾ ഇവനെ കാണാൻ ഒപ്പം ചുരുങ്ങിയ ആളാണെങ്കില് ഇവനെ കാണാൻ വഴക്കൊന്നും പറയാൻ കൊണ്ട് ചുരുങ്ങിയ കഴിഞ്ഞാൽ ഓരോ ഓരോടെങ്കിലും മത്സരിക്കാൻ നിൽക്കില്ലല്ല സമപ്രായമോ ഇവനെ കാണാൻ വെള്ളിയാളാകുമ്പോ ഇവനിക്ക് താനും കുറഞ്ഞ് നോക്കുക ആ ഒ ലാഹിനുള്ളി ഇർത്തിഫായാലേ അല്ല ഇതിനാൽ കണ വല്ലാണ്ട് വെൽത്തേറ്റ് ചെയ്ത് നോക്കാം എന്നാലും ഈ ചെറിയോനിക്കുന്നുണ്ടാവില്ല ബജിയാണോട് പിന്നെ ഇങ്ങനെ കുത്താൻ ഇതുണ്ടാവില്ല കുത്തിയാന്ന് നടപ്പൂലെന്നറിയാല നമ്മളെ ഉസ്താദിനോട് നമുക്ക് ഇപ്പൊ നിങ്ങൾ മത്സരിക്കാൻ നമുക്ക് ഇത് അറിയുന്നില്ല കുത്തി കുത്തങ്ങളുണ്ടല്ലോ അതോ നമ്മളിനാകണ ലാഹിലുള്ളിൽ ഇർത്തിഫായുള്ളതുകൊണ്ട് അല്ല നാഹിലുള്ള ഇന്നിട്ടാത്തായാലും ആയെന്ന് നിൽക്കില്ല സമാധി വരുമ്പോ അതിൽ കുഴപ്പം ദേശം വരുന്നു അല്ലെങ്കിൽ ആയിച്ചത്തിന്റെ അസ്ബാബുമായിട്ടും ബന്ധമില്ല നാടുമായിട്ടും ബന്ധം ഇല്ലാതെ വളരെ ദൂരത്തായാലും ചിലപ്പോ ചില കാര്യത്തിൽ രക്ഷപ്പെട്ടേക്കാം കാരണം ഓൻ ബലോന്നോച്ചാ കൂലാം ഓനടിക്കുക ഇതിന്റെ തൂലല്ല ചിലത് രക്ഷപ്പെട്ടേക്കും പക്ഷെ എന്നാലും ഇവനോട് സമന്മാരായിക്കൊണ്ട് രാജ്കാലിന്റെ ആളിക്കഴിഞ്ഞാലോ ഒന്നിനെ തൊട്ട് മാറാനും കഴിയില്ല എന്നാൽ പത്തിൽ പത്തുണ്ടാവുന്നുണ്ടോ ഇനി തുമ്മയത്തെ കുല്യവാഹ്യത്തിന് മിന്നാദിത്താലി ഈ പത്തിൽപ്പെട്ട ഓരോ നിന്ന് ശാഖകളുണ്ട് പതുപ്പത്ത് ശാഖ അപ്പൊ ടോട്ടലത്തിലായി നൂറ് മതമുമായ കൊളുക്ക് വന്നിരുന്നു അത് ഒറ്റക്കുക അതിന് പത്ത് മരടുണ്ടോ ഒന്നിനുണ്ടാകില്ലേ വിപ്ര പിടിച്ചാലെന്തെല്ലാം ഒന്നാണ് അത് ഓരോന്നും പറഞ്ഞ് അതിന്റെ ഓരോ ആഹാദിച്ച് നൂറെണ്ണം ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എന്തെല്ലാം മീറ്റിൽ ലനപ്പത്തി രണ്ടായരും മയനോക്കുന്നുണ്ട് തറബുതാന്ന വസതി സുൽത്താൻമാറേയും പണക്കാരെയും കാണാൻ പോയിക്കോണ്ടിരിക്കണി അടുക്കിടക്കി വളർന്ന് സമീപിച്ചോണ്ടിരിക്കണം കാരണം ഇവിടെ പരിപാടിയിൽ മക്കണെങ്കിൽ സാമ്പത്തിക അപ്പൊ ഓരോ കലൂട്ടടിക്കാൻ ഞാൻ ഓരോന്നും പൈസ പങ്കെടുക്കത്തില്ല വസ്ത്രത്തിൽ ഓരോന്ന് പിശം കാട്ടുപറായി ചേർക്കണോ ഞാൻ ഓരോ ചൂടിമിൻ ഇതെല്ലാം അതിന്റെ ഭാഗങ്ങളാണ് ഇയാളെ പോംബന് പ്രത്യേക വസ്ത്രതാണ് വേണം പരസ്പരവധി ഒരു പറയപ്പോ വെറുക്കുന്നതിന്റെ ഇതാണത് അസറു എന്ന് പറഞ്ഞാൽ കുറാനല്ലേ ബസറു എന്ന് പറഞ്ഞാൽ ഇവന്റെ ഉള്ള നിയമത്തിന് പൊങ്ങിക്കാണിച്ചിട്ട് മുന്നമ്മിനെ മറന്നുകൊണ്ടുള്ള ആ പ്രകടനം നജീബന്റെ മറ്റൊന്ന് നജീബ് മനസ്സിൽ തന്നെ ആവാല ബസറം വരി ആ അന്നകോചരന്റെ പോക്കിനനുസരിച്ച് എന്താ പറഞ്ഞത് കല്ലദീന ഹറജോ ബരി ആ അന്ന ുള്ളത് നമ്മളെടുത്ത് ഇത്രയും ഇന്നലെ നമ്മളടുത്ത് എന്തൊന്നും കാണിച്ചു കൊടുത്തില്ല അതിനെല്ലാം പ്രകടനം എന്തിനാണ് ഇപ്പൊ നമ്മളടുത്ത് പിന്നീട് ഇത്ര ആളുണ്ടെന്ന് കാണിക്കാനല്ലോ ആളെല്ലാം തടി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മടങ്ങെ കുറിച്ച് ഇങ്ങനെ പോന്ന് ചെറിയ കുഞ്ഞിപ്പിള്ളേർ വരേണ്ടത് നമ്മളെ മുതിച്ചവർ വരെയുണ്ട് പിള്ളേർക്കെന്താ പറയാ പിന്നെ അവരി കാലിൽ പഹറിവുകൊണ്ടെന്താകണം ജനങ്ങളൊക്കെ നിസ്സാരം മാറാക്കണം പിന്നെ വൽകോഫി ഭീമാലായനി ആവശ്യമില്ലാത്തതിലും കൈകടത്തണം അസലത്തുൽ തരാമു വേണം ഖുറൂദ്ൽ ഹസിയത്തി മൽകോഫി മഹത്തിൽ കൽവിനൽ കൽബിൽ നിന്ന് ഇതെല്ലാം നീങ്ങിപ്പോകണം വട്ടിയിലേ കൽ ഹഫലത്ത് പൊടികൂടണം ഹത്താ എത്ര പേരല്ല ആ എതിരിൽ മുസ്ലീം എന്നും അക്കൂട്ടത്തിൽ പൊട്ടാക്ക് ഇച്ചിരിക്കുന്ന ആക്കന്റെ തിരിയിലെ ഈ സ്ഥലത്തിരിക്കുമ്പോ മാത്രല്ല അതുകൊണ്ട് എന്താണ് ഇന്ന ബുക്കിന് ഇത്രയും ഇത്രമൊക്കെ പതിയിൽ ലൊക്കെ മൂന്ന് പേര് നാല് വഴി അഞ്ചിന് എന്താ ഓർത്ത പറഞ്ഞെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അതിന്റെ മറുപടി ആലോചിക്കുകൊർമ്മ ഉണ്ടോ അതുകൂടെ ഉം ഒമല്ലതീക്കട എന്താ ഓർന്നറിഞ്ഞൂടാ വമല്ലാജി ഒമനില്ല ആരോടാ മനാജാസം ഒന്നും അവയിൽ കൊടുത്തു വലാ യഹസ്തബിൽ ഖസൂഇ ഫീ മിൻ ഖൽബിഹി വസ്തഗ്റാകൽ ഉംദു ഫിൽ ഉലൂമി ഇവനെ കൽബാണ് എന്നല്ലോ ഖസൂഉന്ന് ഒരു സാധാരണത്തിന്റെ ഒരു സ്പർശനം പോലും കൽബിനണ്ടാവില്ല ഏതോടോപ്പം ഉലൂമിയോണി ഇവനെ എത്ര സമയจนമാക്കിയ പക്ഷേ ഏദുലമു തുഈനത്തുൽ മുനാമറത്തുൽ സഹായികുന്ന ഉലൂം അതിന്റെ പ്രതിധീരണം മാത്രം വെച്ചിട്ടുള്ള ബാക്കിയുള്ളത് പഠിച്ചോളാം ഒരു ഒക്കെ ഇങ്ങന കണക്കിൽ നോക്കണ്ടേ യാതൊരു ഉപകാരവും ഇല്ല എന്തോ ഇത്ര ഇബാറത്ത് മെച്ചപ്പെടുത്തണം ജനങ്ങൾ കേട്ടാൽ അതിന്റെ ശബ്ദം ആ ശബ്ദത്തിന്റെ ധ്വനി ശരിയാകണോ അടുത്തിടക്ക തൊണ്ടയാക്കിക്കൊണ്ടിരിക്കണോ അങ്ങനെ പോലെതെല്ലാം വേണം കഫക്കട്ടൽ നിങ്ങണ്ടേ പിന്നെ ഹെപ്പുൽ നവാദിൽ ആകെ ഇതാലിക്കാം മറ്റുള്ള ആകുന്ന പൊട്ടം കിട്ടാതെ ആതിരോ സംഭവങ്ങളൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു സൃഷ്ടിണ്ട് കാര്യം ഇങ്ങനെ ഇതിലാകരുതാലിക്കാം പിന്നോരില്ലാത്ത നിഷാവുന്നിയാ തീരുമില്ല നിങ്ങളുടെ കാര്യങ്ങൾ ഇനിയൊരു ദർജേരി വ്യത്യാസമുണ്ടായ മുനാഗ്രീങ്ങൾക്ക് തന്നെ വലിയ വലിയ സ്ഥാനമുണ്ടല്ലോ ഉം വലിയ ആള് ഓർക്കുണ്ടാകാത്ത അതിന്റെ അപ്പുറത്ത് ബെലിയാള് വരണം അങ്ങനെ കണക്കിട്ടുണ്ട് ഞാൻ ചീപ്പും ചീപ്പും എന്താണ് അച്ചുവപ്പല്ലുണ്ട് തിറമ്പ് അനുസരിച്ചിട്ട് ഓരോ ഡിഗ്രികളൊക്കെ ഉണ്ട് അതേ ഡിഗ്രികളാണ് അതിനകത്ത് നക്ഷത്രത്തിന്റെ പേരിലുണ്ടാവും വലഹും ഈ ഡിഗ്രികളാണെങ്കിലും പല തരത്തിലാണ് പല ഡിഗ്രികളാണ് ചെറുതും ആ കൂട്ടത്തിലെ ദീനാൽ ഏറ്റവും വണ്ണമായിട്ട് അറിയപ്പെടുന്ന ആളല്ലോ അതൊരു അക്കിലാൽ മുന്തിയാണ് ഓർക്കാരിക്കും ഈ പറയപ്പെട്ട പത്ത് കാര്യം ഒഴിവ് നിർമ്മിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തില് ചീഫായ ഓർക്കിതെല്ലാം എല്ലാം നമ്മൾ സമഗ്രമായി ഒരുമിച്ച് കൂടി പത്ത് പതിമൂന്ന് അതാ മിമ്മാദീന്റെ അഖലാഖിൽ നിന്ന് പക്ഷെ അവറോ വൈന്നമാവായത്തും അയാക്ക് പരമാവധി ചെയ്യാകൻ അത് ഒളിപ്പിച്ചുപോക്കൂന്നേ ഉള്ളൂ പോർത്ത് അങ്ങനെ നാവളയിട്ടും ചെയ്യുന്ന അളയിട്ടും ചെരുപ്പൂരാവണോന്നും നോക്കൂല അതെല്ലാം ഫുള്ളം വളർത്തിക്കോണ്ടും അതൊക്കെ അളപ്പിച്ചു പോക്കാം മുജാഹത്തിൻ നെഫ്സിൻ ബെച്ച നെഫ്സിനോട് വയങ്ങൾ ഇങ്ങനെ സമരം ചെയ്യണേ ം ഇനി പറയട്ടെ ഇത് മുനാവരൻ മാത്രമല്ല ഭാരതിലോക്കുണ്ടല്ല ഇവിടെ പ്രാസംഗ്യം ഓർക്കല്ലോ ഇത് പത്തണം കൂടാണ്ട് കഴിയാനും പറയുന്നത് ഇവർ മുനാദര മാത്രത്തിൽ ഉള്ളെന്നല്ല വാനം അന്നഹാദിമുൻ ഇതിൽ ആദിമായ റത ഇതാണ് ആരിക്കേരി മുസ്തകനിൽ തതുക്കി ജീവൻ വേറെ അതിനെന്ന് വെച്ചാൽ മുനാദറഞ്ഞി വേന്ന് കയറുന്നത് അപ്പൊ ഇതാക്കാന കസ്തുഹോ ഈ തടക്കിയത് കൊണ്ടും വാഴന്നുകൊണ്ടും കബോലി കിട്ടലും ജാഹു നിലനിർത്തലും ഫാസങ്കമായിട്ട് ഇങ്ങനെ ബിൽ എത്തക്കണ്ട തൊട്ടും കെട്ടി വെച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോത്തി കുറച്ച് പൈസ കരസ്ഥമാക്കലും പിന്നെ സർവത്തം വലക്കും ൂട്ടർ കൂട്ടുണ്ടാവും കട്ടി വഹിയൽ ആദിമത്തിൻ്ൽ കൊണ്ട് കൂട്ടർ ഉണ്ടല്ല എപ്പോ ഇതാക്കാണ് കസ്തുഹി ഇവന്റെ ലക്ഷ്യം ഒരു കഥാന്റെ സ്ഥാനം കിട്ടണം അവക്കാസിന്റെ വിലായത്ത് കിട്ടണം വർത്തക്കത്തു മേലാൻ അക്റാന്റെ മേലുണ്ടാക്കണം പരിയാളീ നടക്കണം சகலி மானத காறினானேrangle இருக்குလေ. வமில் ஜம்லத்தி ஹியல ஆதிமத்துல் லிகுல்லி மய்யத்த தவில் இன் ராயத சவபில்லாஹி தலப்ப மொதாக பர்ணோக்கு மொலத்தி நெர்ஞோ ইলமு கொண்ட அல்லாஹ்வுண்ட சவபல்லாதينه தெரிடி போயेंगे எல்லாரக்கும் உண்டாகுது. முமினான ரக்கத்தானா இந்தர்க்கெல்லாம் பாதானா இந்தர்க்கெல்லாம் பதவக்கத்தானா இந்தர்க்கெல்லாம் அங்கெர்க்கே இந்தர்க்கெல்லாம் ம் ആഹത്തിലുള്ള സ്വാബ് എല്ലാത്തതിനെ കരുതിപ്പോയെങ്കിൽ കൊടുങ്ങല്ലേ അപ്പൊ പൽ ഇൽമെന്നുള്ളതിൽ ആ യുഹമ്മിനുള്ള ആലിമ ആലിമിനെ വെറുതെ വിടുവെന്ന് വിചാരിക്കേണ്ടപ്പോൾ യുഹരിക്കു ഹലാക്കല്ല അത് കാലാകാലത്ത് ഹലാക്കലേക്ക് ഇവന്റെ ഇൽമുണ്ട് എത്തിയില്ലേ ഒരു കൂട്ടർത്തോ കാലാകാ ആ യുഹി അയാത്തല്ലപത് അല്ല കാലകാലത്ത് അയാത്തിലേക്കും എത്തിക്കൂ ഇൽമേ എന്തെങ്കിലും എന്തെങ്കിൽ കാലകാലമായ ഹലാത്ത് കൊടുത്ത് നീങ്ങത്ത് കൊടുക്കാമെങ്കിൽ എന്തെങ്കിലോ കാലകാലമായ ഹയാത്ത് കൊടുത്ത് നിയത്ത് വല്ലാമെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പരിവർത്തനം അർത്ഥിക്കുവാനോ വരുത്തിയാക്കൂലം സിയാമം നാളിൽ അയാബ് കൊണ്ട് ഏറ്റവും ശക്തമായ ആളാരാന്നറിഞ്ഞോ ഒരു ആലിമാണ് ഇന്നുകൊണ്ട് അദ്ദേഹത്തിന് ഉപകാരത്തിനെത്തിയിട്ടില്ല ഇവിടെയോ തൊക്കലക്കത്ത് നെറഹു ഈ പറഞ്ഞപ്പെട്ട രംഗത്തെല്ലാം ഇവന് ഉപകാരത്തിനെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഉപദ്രവിക്കുകയും കൂടി ചെയ്തിരുന്ന അവിടെ വന്നിരിക്കുന്നു വൾ നർറഹുഹു ഉപകാരത്തിനെത്തിയില്ലെങ്കിൽ ഉപദ്രവം ഇല്ലാ ഞാൻ മതിയോന്നു എന്നാ പിന്നെ സമാസമായില്ലേ അങ്ങനെങ്കിലും ആ തിരക്കടില്ലായിരുന്നേനെയാണ് ഇവിടെ ഒന്നും കൂടെ ഇണ്ടപ്പ ഉപകാരത്തിനെത്തിയിട്ടെന്ന് മാത്രമല്ല ഉപദ്രവം കൂടി ഉണ്ടായില്ലോ അങ്ങനെ ആവാതുകൊണ്ട് ഉപകരിച്ചിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ സമാസമായില്ലേ അങ്ങനെങ്കിലും ആ തിരക്കടില്ലായിരുന്നു ഹൈ ഹാട്ട എന്നാലും ആവൂല ആശാത്തുള്ളിരുന്നോണ്ടാകുന്ന അപകടം വലുതന്നെയാണ് അപ്പൊ താലിബു തലബൻ മലി വാലിബു താലിബുണ്ടി ആ ഇൽമിനടന്നാണ് മുഹബ് ആയ മുൽക്കിനത്തെ ഇടന്നാള് വന്ന ഐമർമദാണ് ഒന്നെങ്കിൽ അങ്ങനെ ആവാം എപ്പോ ഇത്തിയേ പലായം കലൻ ബോൽക്കി വലിക്കും അതുകൊണ്ട് ഒന്നിക്കിൽ മുൽക്ക് കിട്ടും അല്ലെങ്കിൽ ഹുൽക്ക് കിട്ടും എന്ന് വെച്ചോളാം ഹലാക്ക് മുൽക്ക് അല്ലെങ്കിൽ ഹുൽക്ക് കിട്ടും അതേപോലെ ദുന്യാവിൽ മുൽക്കി തുടങ്ങിയ മാതിരി ചിലപ്പം തെറ്റ് പേശലും കിട്ടി ദുന്യാവിനെല്ലാം മെച്ചമായി നടക്കില്ല പലവതൊന്നും ഉണ്ടാവില്ല മൊതലുകളിൽ എന്നുള്ളത് ഒത്തുകൂടിയിട്ടില്ലെങ്കിൽ ഇതിനാൽ കലാമത്തിലോ കൊതിക്കേ വേണ്ടെന്നവരുടെ ഇല്ലത്താവര് ി അഹമാലിൽ നിന്നുള്ള ഏറ്റവും പ്രമേഹത്തുള്ളതിനെ ലാദ്യമാക്കൽ ഇവർക്ക് കൂടെ ആണ്ട് കഴിയൂലെന്ന് വരും അപ്പൊ ഒരു ചോദ്യമാണ് എല്ലാപ്പ നിങ്ങൾ ഇങ്ങനെല്ലാം പറഞ്ഞാല് മത്സരിക്കാനുള്ള ആള് വേണ്ടേ ഓറുമ്പളം വള്ളക്കൂലേ ഓർ നാട്ടിലൊക്കെ പള്ളിയെടുത്ത് കളിയൂലേ ആളെല്ലാം അങ്ങോട്ട് പോവില്ലേ അതെങ്ങനെയൊന്നും പണ്ടെന്നാ പറയുന്നത് അതാ ചോദിക്കുന്നു പായിലത്തും മുനാദണെങ്കിൽ വേണ്ടാതിലിപ്പൊ പറഞ്ഞോണ്ടത് കുറെ ഓച്ചന്ന് മുനാതറിയിൽ അല്പം പൊട്ടിപ്പിച്ചു ചെയ്താലും പായുണ്ട് ഇപ്പ എന്താന്ന് ചീത്ത ജനങ്ങളെ പ്രേരിപ്പിക്കാനെ തേടി അമ്മൂലർക്കെ മരിചയാകാലോ കണ്ടാടാ ഓനെ കണ്ടാടാ ചേച്ചിട്ട് കാറിൽ കൊണ്ടാന്നിട്ട് ചീറ്റിട്ട് ബെക്കുമരം തേടി കൊണ്ടുപോയിട്ട് ഓൻ മേയ്ക്ക് വെച്ചോടുത്ത് ചിരിന്റെ പങ്ക വേറണ്ട് ചായ അടക്കിടക്ക് വീട്ടി കൊടുക്കുന്നുണ്ട് എന്തൊരു പോലീസ് എന്ന് ഇതെല്ലാം പഠിക്കാം അപ്പൊ ഓന്റെ അവസ്ഥ കാണാൻ മറ്റില്ലാത്ത ആശമൂമിയില്ലേ പഠിക്കാൻ ഇത് ലൗലാഹബൂർ റിയാസത്തി ഈ റിയാസത്തിന്റെ പിരിച്ചു ഇല്ലെങ്കിൽ ഈ നന്ത്രത്തിൽ ഒരു രൂപ പഠിക്കാൻ പിന്നെ ആള് തയ്യാറാവൂലല്ലോ അല്ല തേഞ്ഞു മാഞ്ഞു പോയില്ലേ കൊറച്ചു ഇത് വെച്ചുകൊടുക്കാൻ ഞാൻ മീന കിട്ടോന്ന് ചില വെച്ചുകൊടുക്കണ്ടേ ചൂണ്ടല് മാത്രം ഇട്ടപ്പാ വീട്ടലീ അപ്പൊ മൂപ്പറ പറയുന്നു പക്കത്ത് ചതക്കത്തീമാക്ക നീ പറഞ്ഞ ചരിതന്നെയാണ് മീൻപതി ഒരു ഭാഗത്തിൽ കൂടി ചെറിയ തന്നെയാണ് ഏറെ വർക്കാണ് മീന കിട്ടൂല വലാഖിന്റെ കയ്യുമൊത്തിന് പക്ഷെ നിന്റെ പാർച്ചൽ ശരിയായിട്ടില്ല കാരണം എന്തുവാണോ എന്തുമായി കൊടുക്കണോ ക്രിക്കറ്റിന്റെ കോലുമായി കൊടുക്കണോ സോലജാൻ കൊടുക്കണോ ഒരു പച്ചിനി കളിക്കോപ്പല്ലം ആയിക്കൊടുക്കണോ ഇല്ലെങ്കിൽ പുള്ളർ ഇന്ന് പഠിക്കാൻ കിഴല പക്ഷെ ഈ കളിക്കോപ്പെല്ലാം കൊണ്ട് വേറെ മുലാഖൊക്കെ കളിക്കുന്നു നമ്മള് സുഫിയാനും ഉച്ചിട്ടെല്ലാം വാങ്ങി കളിക്കോപ്പെല്ലാം വാങ്ങിയിട്ട് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കപ്പ ശരിയാണ് പക്ഷെ വലിയ സ്ഥാനത്ത് പഠിക്കുന്ന ആൾക്കിതിന അതൊക്കെ എന്ന് പറഞ്ഞാൽ മാറി ഓർ ചോദിക്കുന്നു മാ റഹബിൾ സ്ഥിതിയാണ് ഫിൽമക്തബ് പാഠശാലയിൽ പോയാൽ പിള്ളേർക്ക് രസം ഉണ്ടാവില്ല അങ്ങനെ വെച്ചത് കൊണ്ടല്ലായോ അത് അറിയിക്കൂല അലാന്ന റഹബത്തു ഈ മഹമൂദ് അല്ല എല്ലാരും കളിക്കോപ്പ് ഇഷ്ടപ്പെടലും മഹമൂദ് അത്താന്ന് അതുകൊണ്ട് വരുമോ എല്ലാ സ്ഥലത്താറും എല്ലാവർക്കും കളിക്കോപ്പ് പോകണം എന്ന് തരുമോ ഉള്ളതൽ മലകുല ഹബൂർ റിയാസത്തിൽ എന്താ പറഞ്ഞു എന്ന് വന്നത് എന്ന് പറഞ്ഞാൽ മതി കളിക്കോപ്പില്ലെങ്കിൽ ഇൻബോടിക്കാൻ കഴിയില്ല എന്ന് വന്ന ശരിയല്ലേ വലായതു താലിക്ക അതറിയിക്കൂല അലാ എന്ന താലിബൻ റിയാസത്തിനാജിൻ റിയാസത്തിനെത്തേണ്ട ഇൻബു പഠിച്ച ഓർ രക്ഷപ്പെട്ടു എന്ന് ഇവിടെ ആർക്കും സംഭവിക്കാൻ ഒക്കെ ഇല്ലെന്നാൽ അവരെ കാര്യത്തിൽ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ചെറിയ ആളുകളെ കൊണ്ട് അള്ളാഹു താല ദീനിന് ശക്തി കൊടുക്കും ദീനിലോ ഓർക്കൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല തന്നെ ഓർക്ക് സ്വയം ദീൻ അനുഭവിക്കുന്ന വിഷയത്തിൽ ഒരു ഭാഗ്യമില്ല പക്ഷെ ദീനിന് ഓർക്കോട്ട് പോയ സഹായം കിട്ടലുണ്ട് അങ്ങനത്തെ ചില കോമ്പുണ്ട് എന്ന് വന്നതിൽ ആയി മാറും ായിരുന്നു ഇവന്റെ പരിപാടിയെല്ലാം കണ്ടിട്ട് ചിലർക്ക് അയക്കവും നേട്ടം കിട്ടിയിട്ടും വരാം അപ്പൊ ഇയാള് കുഞ്ഞാവിനെ തറക്കു ചെയ്യാൻ വേണ്ടി അയാൾ ക്ഷണിച്ചു നോക്കാം അതിന്റെ ആരിക്ക ഉപകാരത്തിൽ കിട്ടിപ്പോയി കിട്ടിയാ കിത്യവനിക്കുപകാരം കിട്ടിയ ഇവനോ ഒന്നും ആയിക്കൂല ഓലിക്ക അപ്പാലി തീമൻ കാണ ലാഹിറുഹാൽ നന്ദി ലാഹിറുൽ ഹാൽ ഉലമായി സ്ഥലം അതായിരിക്കാൻ നൽകോ ഓന്റെ ലാഹിറുൽ ഹാൽ കണ്ടു നോക്കുമ്പോ തലപ്പുസ്താലങ്ങളായ ഉലം മാന്റെ ലാഹുൽ ഹാലിനോട് തുല്യുണ്ട് ഇതന്റെ ബാസിൽ ജനങ്ങൾ നോക്കൂലല്ല അങ്ങനെ ഓന്റെ കോലം ചെല്ലം കണ്ടപ്പോ കൊറ്റാണ് നന്ദിച്ചത് കൊലക്കിന്റെ ഉയർന്നത് കസ്തൽ ജായി പച്ച ഓന്റെ മനസ്സിനുള്ളിലുള്ള എന്താന്ന് കസ്തൂർ ജാതാണ് ലാഹുർ കോലമോ ഉടമാവുസരത്തിന്റെ ആ ലാഹു അങ്ങനെ തന്നെ ഇവരെ ലാഹുലുണ്ട് അത് കണ്ടപ്പോ കൊലയാക്ക മാതൃകയായി അതിന് മിസാലി മിസാലു ഈ മഴകു തിരിയാകുന്നു അതിന്റെ ഉദാഹരണം അല്ലതേ ഞട്ടരിക്കോ പി അത് കത്തിക്കൊണ്ടും മുരുകിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള നല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെ തലാഹു അപ്പൊ മറ്റുള്ള തലാഹു കിട്ടുമ്പോ ഇവന്റെ ഹലാക്കും വന്നുകൊണ്ടേ ഇരിക്കല്ലേ അമ്മ ഇതാക്കാണ് നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങാണ് യതോ ഇല്ലാത്തറക്കിപ്പിഞ്ഞേനെ ഇവനെ വായു കോലം കൊണ്ട് മതി ഞാൻ വലമാന്റെ അതെല്ലാം ഇവന്റെ ലാഹിലും വാർത്ത ദുഞ്ഞാവിലേക്ക് എന്നെ ക്ഷണിക്കുന്ന കൂട്ടത്തിലാണെന്നോ എന്നാ അവര് രണ്ടും പോയിന് വെച്ചോ ഇല തലബിദ്ന്റെ തലവിലേക്ക് തന്നെയാണ് ഇവനെ കൊണ്ട് വരിക്കുന്നതെങ്കിൽ അതെന്തിനോക്കാമില്ല ഈ പറഞ്ഞ എഴുതി അവന്റെ മിസാല് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയുണ്ട് ആ തീയെന്താക്കും അതിനുള്ള ഇനിയും തിന്നുന്നുണ്ട് അത് മറ്റുള്ള സ്ഥലത്ത് പടർന്നു പിടിച്ചിട്ട് അവിനെയും തിന്നുന്നുണ്ട് എന്ന് സ്വയം രസിക്കൂ മറ്റുള്ള രക്ഷിക്കുകയും ചെയ്തു മഹത്തിരി അങ്ങനല്ല മഹുത്തിരാടെ കസുന്നതിലുള്ളൂ മറ്റൊന്നിലേക്ക് പാളിപ്പിടിക്കുന്നില്ലല്ല അപ്പൊ പല ദുരന്മാവ് സലാഹക്കുൻ ദുരമ്മാവ് മൂന്ന് തിരക്കാരായി ഇമ്മ മുഹലിക്കുൻ നബ്സഹൂറൂ ഒന്നായി സ്വന്തം നശിക്കുന്നു അവനെ കൊണ്ട് മറ്റൊരാൾ ബടക്കുവാന്നുണ്ട് യും മറ്റുള്ള വേണ്ടി വ്യക്തമായി തന്നെ പ്രേരണ ചെയ്യുന്ന ആളുകൾ സ്വന്തവും മറ്റുള്ള ആളെ ചെയ്തു അള്ളാനെ കൊണ്ട് ക്ഷണിക്കുന്നവരുണ്ട് സ്വന്തം മലാക്ക് അറിഞ്ഞ മറ്റുള്ളവർക്ക് നേട്ടം കിട്ടുന്ന ഒരു കൂട്ടമുണ്ട് അതാ നേട്ടം തള്ളി എന്നിട്ട് ആശ്രമത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നു ഇപ്പൊ ഉള്ളിലുണ്ടത് ഇങ്ങനെ മൂന്ന് തരക്കാർ അതുകൊണ്ട് ഈ മൂന്നിൽ ഏതിലാ നീയുള്ളത് നോക്കിക്കോ നിഷ്ഠകൾ തമ്മിൽ താതി ലഹു ഏതിന്റെ വേണ്ടിയാണ് നീ സോലാറുന്നതി നോക്കും ഫലാ തളുന്ന അന്നല്ലാത്താൻ ഏക്കമ്പലും എന്ന് പറഞ്ഞ അമലും ഇൽമാലും അമലാലും ഒന്ന് അല്ല തീകരിക്കുന്നു പൂജ വിള വെക്കണ്ടാലിസല്ലാത്തതിന് അല്ല സ്വീകരിക്കുന്നു പ്രഖ്യാപിക്കാൻ വേണ്ട ഇൽമായാലും അമലായാലും ി കിതാബിദ്ൾ ഫി ജമിയബുൽ മുഹലി കാത്തിൽ എന്ത് വരും ആ എം പി അങ്കിൽ ഇതിൽ വല്ല സംശയം ബാക്കിയുണ്ടെങ്കിൽ അത് തീർക്കുന്ന വിഷയങ്ങൾ എവിടെ ഒരു മൂന്നാർ ജ്യൂതിയിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞു പോയി നമ്മോദി കഴിഞ്ഞിരിക്കുന്നു ഇനിയാണ് ആ താബുൽ മുത്താലിനിമി വൽമാലിനിമി വരുന്നത്